ഒരു മനുഷ്യന് മൂന്ന് ദോഷങ്ങൾ സംഭവിക്കാം അതിലൊരു ദോഷം അങ്ങേക്ക് സംഭവിച്ചു ഒന്ന് നുണ പറയുക കളവ് പറയുക അസത്യം പറയ അങ്ങനെ ഒരു ദോഷം സാധാരണ ഉണ്ടാവാം ഈ ദോഷം രാമ അങ്ങയെ ബാധിക്കില്ല കാരണം അങ്ങ് ഒരിക്കലും നുണമറി കളവ് അറിയില്ല അസത്യം പറയില്ല രണ്ടാമത്തെ ദോഷം അന്യ സ്ത്രീകളെ കാമത്തോടെ നോക്കുക എന്നുള്ളത് ഈ ദോഷവും അങ്ങയെ ബാധിക്കില്ല കാരണം പത്നിയെ തന്നെ പൂർണ്ണമായി മനസ്സ് വെച്ചിരിക്കുന്ന ആളാണ് അങ്ങ് ഏതാ മൂന്നാമത്തൊരു ദോഷമുണ്ട് അതെന്താണ് തനിക്ക് ദോഷം ചെയ്യാത്തവരെ അങ്ങോട്ട് കൊല്ലുക ഇവിടെ രാക്ഷസന്മാര് മുഴുവൻ അങ്ങയ്ക്ക് ദോഷം ചെയ്യുന്നവരല്ല ആണോ പക്ഷെ ചെയ്തിരിക്കുന്ന പ്രതിജ്ഞ എന്താണ് രാക്ഷസവംശത്തെ മുഴുവൻ അങ്ങ് അതുകൊണ്ട് ഒരു ചീത്തപ്പേരെന്നും അങ്ങേക്കുണ്ടാവുന്നതാണ് ആ സീതാദേവി അന്ന് പറയുന്ന വാക്കുകളുണ്ടല്ലോ ഇന്നും ശ്രീരാമസ്വാമിയുടെ പിന്നാലെ വരുന്നു ഒരവതാരമൂർത്തിയായ ഈശ്വരനായ രാജാവായ രാമൻ എന്തിന് ഭാര്യയെ പുളിയമ്പിത് ഒന്നോകേണ്ടത് അങ്ങനെ ശ്രീരാമസ്വാമിക്ക് ഒരു ചീത്തപ്പേരെങ്ങും കൊടുക്കുന്ന ഒരു പ്രവൃത്തി അങ്ങനെ ശ്രീരാമസ്വാമിയോട് പറഞ്ഞ് ഏതായാലും അതിനുശേഷം അഗസ്ത്യവാർഷിയിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് കിട്ടി ദിവ്യതാപേ ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രം തുടങ്ങിയ ദിവ്യലാഭങ്ങൾ കിട്ടി പിന്നീട് വഴിയിൽ വെച്ച് പിതൃസുഹൃതം ജടായും വീക്ഷ്യ പിതാവിന്റെ സുഹൃത്തായ ജടായുവിനെ കണ്ടിട്ട് പിന്നീട് ഗോദാതടന്റെ ഗോദാവരിയുടെ തടത്തിലുള്ള പഞ്ചവട്ട്യാമ്പതു പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്ത് അഗ്നിയോടൊന്നിച്ച് താമസിക്കാൻ തുടങ്ങി അപ്പൊ ശ്രീരാമസ്വാമി ചിത്രകൂടത്തിൽ നിന്നും പഞ്ചവടിയിലേക്ക് പ്രവേശിച്ചു എന്നിട്ടോ അവിടെ താമസിക്കുമ്പോഴാണ് നമ്മുടെ മിസീസ് ആര് വരുന്നത് ശൂർപ്പണേവിണത് പ്രാ ശൂർപ്പണക്കിയ മദനജലധൃതീ അതീ നിസ്സഹാത്മാത്രോ വിസൃ പ്രബലധരപരുഷ തേന ദുർനാസാ दूषणं പൃഷ്ടചിത്തം ഗർവവിപതി ദൂഷണം ചിമൂർ വ്യാഹംസീരാശനപ്യയുധസമധിഗ മദനജലൃതേസഹാത്മാ അവിടേക്ക് കാമചിന്തയോടുകൂടി ശ്രീരാമസ്വാമിയുടെ ആകൃതി കണ്ടപ്പോ ആ മനോഹര രൂപം കണ്ടപ്പോ ആകർഷിതയായ ശോർപ്പണയ്യ രാമനെ തന്റെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിച്ച് വന്ന് ആഗ്രഹം പറഞ്ഞു ഐ ലവ് യു രാമൻ രാമൻ പറഞ്ഞു ഐ ആം വെരി സോറി ഐ എം ഓൾറെഡി engaged allekil already my, my life is fixed now you can't do anything go to lakshmananna pandu pole ingotte letti lakshmananna eduthe lakshmanan barno devi venda devi nu parayunnathu valiya oru aalude sahodariyana standard vartha jeevikirathu sridama swamyude bharya ayirikkunna seedeyude daasi aavanennum devi ke angarenulla onnum devi ke arhada illa arhada nu parana devi athra mathram aalna alla you have to live a high life ma അതുകൊണ്ട് ക്ഷത്രിയന്മാർക്ക് ഒന്നിലധികം പറഞ്ഞിട്ടുണ്ട് രാമൻ ഒരിക്കൽ കൂടി അപ്ലിക്കേഷൻ കൊടുക്കാൻ വീണ്ടും ശൂർപ്പണകെ രാമന്റെ അടുത്തെത്തി ശ്രീരാമസ്വാമി പറഞ്ഞു നോ പ്രശ്നമില്ല ഏൽക്കില്ല വീണ്ടും ലക്ഷ്മണന്റെ അടുത്തേർന്നു ലക്ഷ്മണൻ പറ്റില്ല അവിടെ തന്നെ പോണം അവസാനം ശ്രീരാമസ്വാമി പറഞ്ഞു പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഒരാളുണ്ട് എന്നുള്ളതാണ് പ്രശ്നം അതില്ലായിരുന്നെങ്കിൽ നിന്നെ പരിഗണിക്കായിരുന്നു ചൂർപ്പണകെ തെറ്റിദ്ധരിച്ചു സീതകാരണമാണ് രാമൻ എന്റെ അപ്ലിക്കേഷൻ എടുക്കാത്തതെന്ന് തെറ്റിദ്ധരിച്ച് സീതയെ ബലാൽക്കാരേണ പിടിച്ചു പിഴുങ്ങാനായി രൂപം മാറിയ പിടിക്കും ലക്ഷ്മണൻ പ്രബല മനുഷ അവിടെ വെച്ച് തേനുനാസം അവിടെ മൂക്കും മറ്റും ചേതിച്ച് അവിടെ പറഞ്ഞു വിട്ടു അവിടെ നേരെ സഹോദരന്മാരായ ഖരദൂഷണന്മാരോട് പറഞ്ഞു അവരവിടെ വന്നു അങ്ങനെ ഖരനും ദൂഷണം തൃശരസം പിന്നീട് പതിനാലായിരം സൈന്യത്തെയും മൂലേമുക്കാൽ നാഴിയെ ശ്രീരാമസ്വാമി വകവരുത്തിക്കൊണ്ട് അവരെയൊക്കെ ക്ലീൻ ക്ലീനാക്കി അങ്ങനെ ഏറെക്കുറെ ഭാരതത്തിന്റെ ഭാഗത്തുള്ള രാക്ഷസവംശം മുഴുവൻ ശ്രീരാമസ്വാമി നശിപ്പിച്ചു അവളോ സോദര്യാ പ്രോക്തവാർത്ത വിശദശമുഖ വിവിശദശമുഖാരിഷ്ടരീചമായ സാരംഗം സാരസാക്ഷ്യത ം തന്മായാണ്ടിതനുജാം മഹർഷി തേനാർത്തോന്തോ അങ്ങനെ ചൂർപ്പണയ ഇവിടുന്ന് രക്ഷല്യാന്ന് കണ്ടപ്പോ മുറിഞ്ഞ മൂക്കുമായി നേരെ ലങ്കയിലെത്തി രാവണനാണ് ഈ നല്ല മദ്യം കഴിച്ച ലഹരിയിലാണ് നാണമില്ലേ നിനക്ക് എന്റെ ഒരു സഹോദരിയുടെ അവസ്ഥ കണ്ടില്ലേ ഇവിടെ തന്നെ ബോധം വന്നു എന്ത് പറ്റി സഹോദരി എല്ലാം നിനക്ക് എനിക്ക് വേണ്ടിയിട്ടോ ഓ ഒരു സുന്ദരി ലോകസുന്ദരി ത്രിലോകസുന്ദരി ഇങ്ങനെ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല നിനക്ക് മാത്രം സ്യൂട്ടബിൾ വേറെ ആർക്കും ചെയ്തില്ല ഇപ്പോ ഒരു കറുത്ത മനുഷ്യന്റെ കൂടെ നടക്കേണ്ടത് അയാളൊന്നും യോഗ്യനല്ല അപ്പൊ നിനക്ക് വേണ്ടി അവളെ കിട്ടാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചപ്പോ അവളുടെ ഭർത്താവും സഹോദരനും ചെയ്തു പിന്നെ ഒരു വർണ്ണനയാണ് രാമനെക്കുറിച്ചല്ല സീതയെക്കുറിച്ച് ശ്രീരാമസ്വാമിയുടെ പത്നിയുടെ വിവരങ്ങൾ കേട്ടപ്പോ അതിൽ കാമാതുരനായ രാവണൻ അപ്പ പ്രതിജ്ഞ ചെയ്തു എന്ത് ഒരു മാരേജും കൂടി വേണമെന്ന് അതായത് സീതയും കൂടി കെട്ടണം പക്ഷെ എളുപ്പ വഴിയല്ല പതിനാലായിരം രാക്ഷസരെ ഖരദൂഷന്മാരെ കൊന്നിരിക്കണോ ഡയറക്റ്റ് അപ്രോച്ച് ശരിയില്ല പിന്നെ അമ്മാവൻ വഴി പോവാം എല്ലാവരും അമ്മാവൻ വഴിയാണുള്ള പെണ്ണ് കാണാൻ പോവാം ഇവിടെ രാവണനും ആരെ പിടിച്ചു അമ്മാവൻ മഹാഭാരതത്തിലും ഒരമ്മാവനുണ്ട് ശകരിമാവൻ ഇവിടെയും അമ്മാവനായി വാരീജസ്വാമിയെ പിടിച്ചു അങ്ങൊരുപ്പോ സ്വാമിയാണ് രാമനാമൻ തിരിച്ചിരിക്കുക പറഞ്ഞു എനിക്ക് സീതയെ സംഘടിപ്പിച്ചായിരുന്നോ ലക്ഷ്യ അന്നത്തെ ഭാവണത്തിന്റെ ശക്തി എനിക്കറിയാം അറിയാൻ പറ്റില്ല ചന്ദ്രഹാസനത്ത് വെട്ടിക്കളയുന്നു അവസാനം തീരുമാനിച്ചു മാനായിത്തീരാന്ന് പോയിമാനായിട്ട് എന്നിട്ടോ അവിടെ ചെന്ന് രണ്ട് ഡാൻസ് കളിച്ചപ്പോഴേക്ക് സീതയുടെ മനസ്സ് വീണു സീതയ്ക്ക് മാന്യ കിട്ടി ശ്രീരാമസ്വാമി ഭാര്യയ്ക്ക് വേണ്ടി മാന്യ അന്വേഷിച്ചു പോയി ആ സമയത്താണ് ശ്രീരാമസ്വാമിയെ അകറ്റാൻ വേണ്ടിയിട്ട് പൊന്നാൻ ശ്രീരാമസ്വാമിയിൽ അമ്പ് കണ്ടതും ഉച്ചത്തിൽ അലറി അലറിയത് ഹാ സീതേ ലക്ഷ്മണാണ് രാമന്റെ പേര് വിളിച്ചില്ല ഭാരീജനും കുറച്ച് മാനേജ്മെന്റ് അറിയാം ഉടനെ സീതയുടെ മനസ്സ് പരിഭ്രമിച്ചു സീതയ്ക്ക് മനസ്സിലായി രാമൻ അപകടത്തിലാണെന്ന് നോക്കൂ ഏതെങ്കിലും ഭാര്യ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭർത്താവിന് അപകടം പറ്റിയത് കണ്ടാൽ അനുജനയാണോ പറഞ്ഞേക്കുക അവനവനാണോ ഓടുക സ്നേഹം കൂടുതലുണ്ടെങ്കിൽ എന്താ ചെയ്യ നമ്മൾ സീത ഓടിയില്ലേ നോക്കൂ നിങ്ങൾ സീത അവിടെ തന്നെ നിന്നു സീതാരെ പറഞ്ഞേക്കണോ ലക്ഷ്മണനെയാണ് പറഞ്ഞേക്കുന്നത് ലക്ഷ്മണൻ പറഞ്ഞാൽ പോവില്ല പോണ പ്രശ്നമില്ല അത് അപ്പോഴേക്കും സീത മാറ്റി നീ ആള് ദുഷ്ടബുദ്ധിയാണ് എന്റെ ഉദ്ദേശ്യശുദ്ധി വേറെയാണ് നീ ഭരതന്റെ കൂടെ ചേർന്നിട്ട് ഗൂഢാവലങ്ങനെ എടുത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് നിന്റെ മനസ്സിലിരിപ്പം മനസ്സിലിരുന്നാൽ മതി എന്റെ ശരീരം നിനക്ക് തൊടാൻ പോലും പറ്റില്ല ഓർത്തോളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ലക്ഷ്മണൻ ചെവിപൊത്തിക്കൊണ്ട് അവിടുന്ന് പോയിന്നാണ് പിന്നെ വാസ്തവത്തിൽ വാൽമീകി രാമായണത്തിലും അതുപോലെ മലയാളത്തിലുള്ള എഴുത്തച്ഛന്റെ രാമായണത്തിലും ഈ ലക്ഷ്മണരേഖാ പ്രയോഗമില്ല നമ്മൾ കേട്ടിരിക്കുന്ന കഥ അങ്ങനെയാണ് ലക്ഷ്മണൻ പോകുന്നതിന് മുമ്പ് ലക്ഷ്മണരേഖ വരച്ചുവെന്നാണ് എന്തായാലും അങ്ങനെ ഒരു വരയൊന്നും അവിടെ ഇല്ല പക്ഷെ ഇന്ന് ലക്ഷ്മണരേഖ ഉണ്ട് ശ്രീരാമസ്വാമിട്ടൊരു ബന്ധമില്ലാത്ത സാധനമാണ് ഇന്നത്തെ ലക്ഷ്മണരേഖ നോക്കണേ സീതയെ സംരക്ഷിക്കാൻ വരച്ച വരയാണത്രയും ലക്ഷ്മണരേഖ ഇന്നത് കൂറെ കൊല്ലാനോ കുടുംബേ കൊല്ലാനുള്ളൊരു സാധനം കൊണ്ടെത്തിച്ചത് നോക്കൂ എവിടെയാണെന്ന് നമ്മുടെ ഹിന്ദു നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ അത്ഭുതം വരും ഗണപതി ഭഗവാൻ ഹോമം ചെയ്യാറുണ്ട് പക്ഷെ ഗണപതി ഭഗവാൻ വീടി വലിക്കുന്നത് എവിടേയും കണ്ടിട്ടില്ല പക്ഷെ ഇന്ത്യയിലെ ഫേമസ് ബി കമ്പനിയുടെ പേര് ഗണേഷ് ബി എന്നാണ് നിങ്ങൾ അയാൾക്ക് ഹോമം ചെയ്യാറുണ്ടല്ലോ പക്ഷെ ബീഡി എത്തിക്കാൻ ബിഡിന്നും പുകയാണല്ലോ വരുന്നത് അതുകൊണ്ടായിരിക്കാം പക്ഷേ അതുപോലെ സത്യസായി ബാബ എപ്പോഴും പരമാനന്ദ നിർവൃതനായിട്ടിരുന്ന ആളാണ് മിക്കവാറും ബാറിന്റെ പേര് നോക്കൂ നിങ്ങൾ സായിബാബ വാറന്നായിരിക്കും ശ്രുതി ഭാവയുണ്ടല്ലോ ജ്ഞാനനിരുതനായിട്ടിരുന്നൊരു ഭാവയുടെ ചിത്രം കണ്ടില്ലേ ശ്രുതി ശ്രുതിയിലുള്ള ഭാബ അദ്ദേഹത്തിന്റെ പേരിലായിരിക്കും മിക്കവാറും ഭാറുകൾ പരമാനന്ദ നമ്മുടെ ആൾക്കാർ ഇത് കണ്ടെത്തുന്നറിയില്ല ഏതായാലും ലക്ഷ്മണരേഖ വരച്ചു എന്നാണ് വിശ്വാസം നമ്മൾ കഥ കേട്ടിരിക്കുന്നത് ഭാഗം എതിലില്ല ഇതില് ആത്മീക രാമായണത്തിൽ കാണാൻ പറ്റില്ല ഏതായാലും നിൽക്കട്ടെ ലക്ഷ്മണൻ പോയി അപ്പോഴേക്കും സ്വാമികൾ വന്നു സ്വാമി രാവണാനന്ദ അങ്ങനെ വന്നിരിക്കണത് തസ്കരാനന്ദ വന്നിരിക്കുന്നത് ഭിക്ഷാം ദേഹി പറഞ്ഞു ഭിക്ഷ ചോദിച്ചപ്പോ ദേവിയുടെ വർണ്ണനയാ പറഞ്ഞത് സുന്ദരി കണ്ണുകൾ മൂക്ക് കാത് അപ്പൊ തന്നെ സീതയ്ക്ക് മനസ്സിലാവണ്ടായിരുന്നു സ്വാമിമാരിങ്ങനെ പറയില്ല എന്ന് കുറച്ച് ബോധം ഉണ്ടാവണ്ടിരുന്നു സീതയ്ക്ക് സീത ഉള്ളതുള്ള പോലെ പറഞ്ഞു രാമൻ പുറത്തു പോയിരിക്കുകയാണെന്ന് ആരെങ്കിലും അങ്ങനെ പറയോ വീട്ടിൽ ആരുമില്ല കേട്ടോ അകത്തു വരുമെന്ന് അതും പ്രത്യേകിച്ച് സ്വാമിമാരെ എത്തി നീറ്റി എല്ലാ സ്വാമിമാരും വിശ്വസിക്കാനും പറ്റില്ല ഇപ്പൊ കേരളത്തിലൊക്കെ സ്വാമിമാരെ നടന്നു വേട്ടയടയാണ് പകരേ പിടിച്ചു സീതയെ പിടിച്ചു ബലാൽക്കാരെയാണ് കൊണ്ടുപോയി എന്നിട്ടോ വഴിയിൽ വച്ച് വഴിയിൽ വെച്ച് ജഡായു മറ്റും രക്ഷിക്കാൻ നോക്കുന്നതാണ് അടുത്തത് പറയുന്നത് എന്നിട്ടോ അഹൃതദശമുഖ ക്തായാതേജായോ ദിവമതസുഹൃദ രാതനോ പ്രേതകാര്യം ഗൃണ്ണാനന്തം കബന്ധം ഭഗവിദശബലിം പ്രേക്ഷപംബാതടേത്വം സംപ്രാപ്തോ വാദസൂനുംതമന പാഹിവാദാല ശ്രീരാമസ്വാമി തിരിച്ച് വന്നപ്പോ ലക്ഷ്മണൻ വഴിയിൽ നിൽക്കുന്നത് കണ്ടു പറഞ്ഞു ലക്ഷ്മണ എന്താണീ ചെയ്തതെന്ന് എന്തായാലും സീത പോയിത് ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി ശ്രീരാമസ്വാമി ചിരിച്ചു എന്നാണ് പട്ടേരിപ്പാട് പറയുന്നത് എന്താണത്ര ചിരിക്കാൻ കാരണം ഇങ്ങനെ രാവണനെ വധിക്കാൻ എനിക്ക് സമയമായല്ലോ അല്ലെങ്കിൽ സന്ദർഭമൊരുങ്ങിയല്ലോ എന്നതിൽ സന്തോഷിച്ചു എന്ന് അപ്പൊ ശ്രീരാമസ്വാമിക്ക് പത്നി പോയതിൽ ദുഃഖം തോന്നിയില്ലയെന്നാണ് ഒരു സന്തോഷം തോന്നിയെന്ന് എന്നിട്ടോ അവിടെ വെച്ചിട്ട് ശ്രീരാമസ്വാമി വരുന്ന വഴിക്ക് വളരെ വികാരാത്മകമായ രംഗങ്ങളാണെങ്കിൽ ചെടികളോടും വള്ളികളോടും പൂക്കളോടും ഒക്കെ ചോദിക്കും കണ്ടോ സീതയെ കണ്ടോ ഏതായാലും വഴിയിൽ വെച്ച് ചിറകൊടിഞ്ഞ് കിടക്കുന്ന ജഡായുവെ കണ്ടപ്പോ ആദ്യം രാക്ഷസനാണെന്ന് കരുതി ഈ രാക്ഷസനാണ് സീതയെ കൊന്നതെന്ന് തെറ്റിദ്ധരിച്ചു പിന്നെയാണ് മനസ്സിലായത് അച്ഛന്റെ സുഹൃത്തായ ഗഡായുവാണ് വടിയിൽ വെച്ച് തല ഉഴിഞ്ഞുകൊടുത്ത സമയത്ത് തല കൊടുത്ത സമയത്ത് പറഞ്ഞു രാവണനാണ് കൊണ്ടുപോയത് ഞാൻ രക്ഷിക്കാൻ നോക്കി ചിറകൊടിച്ചു അവസാനം അങ്ങയുടെ പാദത്തിൽ വീണ് ൽക്കൽ തലവച്ച് മരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിരുന്നു ഒരു മനുഷ്യനെ സംസ്കരിക്കുന്ന പോലെ ശ്രീരാമസ്വാമി ഹഡായിയെ സംസ്കരിച്ച് പിണ്ട ഉദിണ്ടാതി കർമ്മങ്ങൾ ചെയ്ത് അവിടെ ശബരി അവിടെ നടന്ന് കപന്തനെ കൊന്ന് ശബരീദേവിയുടെ അടുത്തെത്തി ശബരിക്ക് ഭക്തിമാർഗത്തെക്കുറിച്ചുള്ള മാർഗങ്ങൾ പറഞ്ഞുകൊടുത്ത് അവിടെ നിന്ന് ശബരീദേവി പറഞ്ഞ പ്രകാരം പമ്പാതടത്തിലെത്തി ഹനുമാൻ സ്വാമിയെ കാണുന്നു വാദശൂനും സംപ്രാപ്തവും അങ്ങനെ വായു പുത്രനായ ഹനുമാൻ സ്വാമി കാണുന്നതോടുകൂടി എത്ര കാണ്ഡം കഴിഞ്ഞോ ആരണ്യകാന്ഡം വരെ കഴിഞ്ഞു പറയുകയാണ് ഇനി ഇവിടെ നമ്മൾക്ക് കിഷ്കിന്തകാന്ഡം സുന്ദരകാണ്ഡം തുടങ്ങിയതെല്ലാം മുപ്പത്തിയഞ്ചാമത്തെ ദശകത്തിൽ പറയാണ് ഇപ്പം ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം ഇങ്ങനെ മൂന്ന് കാണ്ഡങ്ങൾ ഒരു ദശകത്തിൽ ഒതുക്കാൻ ഭട്ടഗിരി പാട്ടനം എത്തി ഇനി അടുത്ത കാണ്ടങ്ങൾ മൂന്നെണ്ണം മുപ്പത്തിയഞ്ചാമത്തെ ദശകത്തിൽ നീതുഗ്രീവമൈത്രീ അതനുഹനുമതേ കാുഷ്ടേന ഭൂയോ ലുലപിതയുഗവൽ പത്രി സപ്തസാൻ ഹുഗ്രീവഗാദോദ്യതമതുലബലം വാളിനാജമർഷാവോമേഷീ വിരഹത തലയ ശ്രമദേ കണ്ട് പരിചയപ്പെട്ടു സുഗ്രീവന്റെ മന്ത്രിയാണെന്നറിഞ്ഞു തോളിൽ കയറി സുഗ്രീവന്റെ അടുത്തെത്തി എന്റെ തുല്യ ദുഃഖിതറി ഏറ്റുമുട്ടി കണ്ടുപുട്ടി ഏറ്റുമുട്ടിയല്ലേ എന്താ തുല്യ ദുഃഖിരുതര് സുഗ്രീവൻ തന്റെ പത്നി ഭാര്യ അപഹരിച്ചത് കൊണ്ട് ദുഃഖിക്കുന്നു അയാൾക്കും വൈഫില്ല നിങ്ങളുടെ വൈഫിനെ രാവണനും കൊണ്ടുപോയി ഈ തുല്യ ദുഃഖിതർക്ക് കാണുമ്പോൾ ഒരു സന്തോഷം വരില്ലോ അത് മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയിരിക്കാം നമ്മളെപ്പോലെ ആർക്കെങ്കിലും നമുക്ക് നമ്മുടെ ഒരു വിഷമമുണ്ടെങ്കിൽ അതൊരു സമാധാനാണത് മനുഷ്യനങ്ങനെയാണത് തുല്യ ദുഃഖിതർക്കൊരു സന്തോഷം അങ്ങനെ പരസ്പരം കണ്ടുമുട്ടി കരാർ ഒപ്പിട്ടു എന്താണ് ഞാൻ അങ്ങയുടെ വൈഫിനെ കൊണ്ടുവരാൻ സഹായിക്കാം മറ്റാള് ഇദ്ദേഹത്തിന്റെ വൈഫിനെ കൊണ്ടുവരാൻ സഹായിക്കാം ഒരാളുടെ വൈഫിനെ കിട്ടണമെങ്കിൽ രാവണനെ കൊല്ലണം മറ്റാളുടെ വൈഫിനെ കിട്ടണമെങ്കിൽ ബാലിയെ കൊണ്ടണം സഖ്യം ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും സുഗ്രീവനൊരു ഡൌട്ട് അങ്ങനെ ഒരു മനുഷ്യനല്ലേ ബാലി എന്ന് പറയുന്നത് രാവണനെ ബാലി ചുറ്റി നടന്ന് മാർപ്പിയ അത്ര ശക്തിയുള്ള ഒരാളെ ഈ മനുഷ്യന് കൊല്ലാൻ പറ്റൂ ശ്രീരാമസ്വാമി ശക്തികളിലേക്ക് അനുശ്ചയിച്ചു എന്ത് ചെയ്തു ക്ഷിപ്വാങ്കുഷ്ടേനോലവിതയു അവിടുന്ന് പെരുവിരൽ കൊണ്ട് ദുന്ദുപി എന്ന് പറയുന്ന അസുരന്റെ അസ്ഥിഗൂടം ദൂരത്തേക്കിറങ്ങി യോജന ദൂരം കളഞ്ഞു സുഗ്രീവന് ബോധ്യം വന്നില്ല ഒരു അസ്ത്രമെടുത്ത് ഏഴ് സ്വാലവൃക്ഷങ്ങളെ മുറിച്ച് ഭൂമിയെയും വളർന്ന് അസ്ത്രം ആവനാഴിയിൽ തിരിച്ചുവന്നു അതിനുശേഷം ഉറപ്പായി കരാർ ഒപ്പിട്ടു പിന്നീട് ബാലിയെ കൊല്ലാൻ യുദ്ധം ചെയ്യാൻ സുഗ്രീവനെ പ്രേരിപ്പിച്ചു സുഗ്രീവൻ വെല്ലുവിളിച്ചു അവിടെ ചെന്ന് ബാലിയും സുഗ്രീവനും യുദ്ധം ബാലി സുഗ്രീവനെ മലർത്തിയിടിച്ചു സുഗ്രീവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടത് എപ്പോഴാണ് അമ്പു വരുന്നത് അമ്പു വരുന്നത് അങ്ങോട്ടെ അഭയിക്കണില്ല ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു സുഗ്രീവൻ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ചതിരാമ ചെയ്യരുതെന്ന് അരിങ്ങനെ എന്റെ ജേഷനെക്കൊണ്ട് കൊല്ലിക്കാൻ വന്ന ചാരനാണോ അവിടെ നിന്ന് ഇവിടെ ശ്രീരാമസ്വാമി കൊരങ്ങന്മാരെ കണ്ടപ്പോൾ കൺഫ്യൂഷനായിരുന്നു അപ്പൊ അന്നുകൊണ്ട് കൺഫ്യൂഷൻ വിനിന്ദീം ലക്ഷ്മണോട് പറഞ്ഞു സുഗ്രീവനൊരു മാലയുണ്ടാക്കി കൊടുക്കാൻ സുഗ്രീവന് മാലയൊക്കെ ഉണ്ടാക്കി കൊടുത്തു മാലയൊക്കെ ഇട്ടുകൊണ്ടാണ് സുഗ്രീവൻ പോണത് താരാദേവി ബാലിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്കദൻ ന്യൂസ് തന്നിട്ടുണ്ട് അതല്ല ഇപ്പ അവന്റെ വരവ് നോക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് എന്തോരപകടമുണ്ട് എന്ന് കാരണം നേരത്തെ തോറ്റവര് മാലിടാറില്ല ഇപ്പൊ വന്നിരിക്കുന്നത് മാലിട്ടിട്ടാണ് അപ്പൊ എന്തോ ഒരു കാര്യമുണ്ട് അതൊന്നും ബാലിയുടെ തലയിൽ ഒടിയില്ല യുദ്ധത്തിൽ ഇറങ്ങി വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതി ശ്രീരാമസ്വാമി നോക്കണു മാലുള്ളത് സുഗ്രീവൻ മാലില്ലാത്തത് ബാലി അവരെ പ്രയാസാനം കണ്ടുപിടിക്കാനേ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മാലയുള്ളത് സുഗ്രീവൻ മാലയില്ലാത്തത് വാലി മാലയുള്ളത് മാലില്ല മാല മാല അങ്ങനെ തരം സമയം കിട്ടിയപ്പോ വാലയില്ലാത്ത വാരിയെ കിട്ടിയതും കൊടുത്ത നെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് അമ്പുകൊണ്ടതും അവിടെ വച്ച് വാലി മറഞ്ഞ് വീണു ചില ചോദ്യങ്ങളുണ്ട് രാമനോട് അങ്ങ് അയോധ്യയിലെ ചക്രവർത്തിയായ ദശരഥന്റെ പുത്രനാണെന്നവർ ക്ഷത്രിയന്മാർക്ക് ചേരാത്ത പ്രവൃത്തിയാണ് ഒളിഞ്ഞ എന്ന് പമ്പിയത് ഇനി ഞാൻ എന്റെ സഹോദരനായ സുഗ്രീവന്റെ പത്നിയെ അപഹരിച്ചതിനുള്ള ശിക്ഷയാണെങ്കിൽ എന്താ സഹോദരന്റെ പത്നിയുടെ പേര് മത്സരമ താര താര ഭാര്യയുടെ ഭാര്യ എന്നാലും അവനവന്റെ വീട്ടിലെ ആൾക്കാരെ അറിയില്ലെങ്കിൽ നിങ്ങൾ രാമായണെങ്കിലും മനസ്സിലാക്കി വെക്കുമോ രാമായണത്തിൽ രൂമ എന്ന് പറയും ഇപ്പൊ രൂമയെ കൊണ്ടുപോയതിനാണ് എന്നെ യുദ്ധം ചെയ്യുന്നതെങ്കിൽ വാനരന്മാർക്ക് മൃഗങ്ങളുടെ സംസ്കാരമൊന്നും നോക്കേണ്ട ആവശ്യമില്ല ശരിയല്ലേ പട്ടികൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടോ നമ്മൾ നോക്കാറുണ്ടോ പട്ടിയുടെ ഭാര്യ പറഞ്ഞിട്ട് ഇല്ല മൃഗങ്ങൾക്ക് ഭാര്യയും ഭർത്താവും ഒക്കെയാണ് അതുകൊണ്ട് അതിൽ ഒരർത്ഥമില്ല ഇനി അങ്ങനെ കൊന്നത് മൃഗങ്ങളെ വേട്ടയാടുന്ന രീതിയിലാണെങ്കിൽ ആരും വാനരന്മാരെ വേട്ടയാറാറില്ല വല്ല മാനിന്യം തുടങ്ങിയിട്ടുള്ള ജാതികളൊക്കെ വേട്ടയാണ് അതുകൊണ്ട് രാമ ഈ ചീത്തപ്പേരെന്നും അങ്ങയുടെ കൂടെ ഉണ്ടാവും അതിന്നും ശ്രീരാമസ്വാമി ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ആർക്കും സാധ്യല്ല എന്തിന് ശ്രീരാമസ്വാമി പരിപോളി നമുക്ക് കഥ പറയുമ്പോൾ പറയാം മുഖത്തോട് മുഖം യുദ്ധം ചെയ്താൽ ആരുടെ ആരാണോ മുന്നിൽ വരുന്നത് അവരുടെ പകുതി ശക്തി ഭാര്യയ്ക്ക് കിട്ടും ഇതൊന്നും രാമായണത്തിൽ സ്പഷ്ടമായിട്ടില്ല അതൊക്കെ നമ്മൾ ഓരോ വേറെ കഥകളെ കൊണ്ടുവരികയാണ് ഏതായാലും ഇതിന്റെ ഒക്കെ പിന്നിൽ ചില ശാസ്ത്രീയമായ തത്വങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ എഴുതി വെക്കില്ല മനസ്സിലായില്ലേ എന്താന്നുള്ളത് നമുക്ക് കഥ കഴിഞ്ഞിട്ട് നോക്കാം എന്തായിരിക്കണം അതിന്റെ പിന്നിൽ എന്നുള്ളത് ഏതായാലും വധിച്ചു സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്തു സുഗ്രീവനും നഷ്ടപ്പെട്ട ഭാര്യയെ പിരിച്ചു കിട്ടി വീണ്ടും സന്തോഷിക്കാൻ തുടങ്ങി സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്ത് അങ്ങ് തന്നെ അഭിഷേകം ചെയ്ത് അപ്പോഴേക്ക് മഴക്കാലം തുടങ്ങി ശ്രീരാമസ്വാമി പറഞ്ഞു സുഗ്രീവ കുറെ കാലത്തിന് ശേഷം വൈഫിന്റെ കൂടെ ചേരല്ലേ കുറെ കാലായില്ലേ അതുകൊണ്ട് കുറച്ചു കാലം കൂടിയും കുറച്ചു കാലം ഭാര്യയുടെ കൂടെ സുഖമായിരിക്കൂ എന്നിട്ട് നമുക്ക് സീതാന്വേഷണം നടത്താം മഴയൊന്നും ഇങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് അതുവരെ ശ്രീരാമസ്വാമി അവിടെ നിന്നും ഒരു മതങ്കാശ്രമത്തിന്റെ ചുവട്ടിൽ ഗുഹകളുടെ ഉള്ളിൽ നിൽക്കാൻ നിശ്ചയിച്ചു എന്നിട്ടോ അവിടെ ചെന്നിട്ടോക് സഭയമയഥ വ്യൂഹനം വ്യാഴിം താക്ഷാണിക്ഷുദമതയി മാർഗാവന്രാ अर्गनायावनम्राम, संदेशं പവനസുതകരീ पवनसुदगरे, മോദശാലി മാർഗേ मार्गे മ मार्गे, പ്രത്രിയാ സ പ്രയാസൈ അങ്ങനെ ഒരു ദിവസം ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞു ഈ മഴയൊക്കെ കാണുമ്പോൾ സീതാദേവി കൂടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാല് മാസം കഴിഞ്ഞില്ലേ ലക്ഷ്മണ ആ സുഗ്രീവൻ നന്ദിയില്ലാത്തവരാണ് അവൻ പരോപകാരം മറന്നു തോന്നുന്നു അപ്പൊ എന്റെ കാര്യം അവൻ മറന്നു അവന്റെ കാര്യം ഇപ്പൊ അവൻ സുഖമായിട്ടിരിക്കാൻ തുടങ്ങി അതുകൊണ്ട് ലക്ഷ്മണൻ നീയൊന്ന് പോകൂ ക്രോധം കൊണ്ട് ലക്ഷ്മണൻ അവരുന്ന് പോകുന്ന സമയത്ത് പറഞ്ഞു ക്രോധം കാണിക്കണ്ട എന്താ ഒരു കാര്യം പറഞ്ഞാൽ എന്താ സുഗ്രീവനോട് പറയേണ്ടത് ജ്യേഷ്ഠനെ അമ്പ് ആവനാടിയിൽ തന്നെ ഉണ്ട് എന്ന് ബാക്കിയൊക്കെ നടന്നോളും ഇതും കേട്ട് സുഗ്രീവൻ സുഗ്രീവനടുത്ത് ഈ ലക്ഷ്മണൻ പോയി അവിടെ ചൊല്ലുമ്പോ അങ്കതനാണ് കാണുന്നത് ലക്ഷ്മണൻ വരുന്നത് മുഖം കണ്ടപ്പോഴേ മനസ്സിലെ അപകടമാണെന്ന് സുഗ്രീവനാണെങ്കിലോ മദ്യത്താലും സ്ത്രീജിതനാലും ഉന്മത്തനായിട്ടിരിക്കുക ഈ സന്ദർഭത്തിൽ സുഗ്രീവനെ ലക്ഷ്മണൻ കണ്ടാൽ കോപം കൂടുമെന്ന് കരുതി ഹനുമാൻ സ്വാമി ഒരു മാനേജ്മെന്റ് ചെയ്യവിടെ രസമാണ് താരാദേവിയെ പറഞ്ഞയച്ച് ലക്ഷ്മണനെ സമാധാനിപ്പിക്കും ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ എന്താണ് പലപ്പോഴും ഈ കസ്റ്റമർ കെയറിലുണ്ടല്ലോ പെൺകുട്ടികളെ വെക്കാൻ കാരണം ക്രോധം കൊണ്ട് ദേഷ്യം കൊണ്ട് എന്തെങ്കിലും സാധനം കേടുന്ന ഒരു കസ്റ്റമർ വന്നുകഴിഞ്ഞാൽ എക്സൈസ് ഫീസ ഇരിക്കും അതിന് പ്രശ്നം താരയെ കൊണ്ടിരുത്തിയാ മതി പ്രശ്നങ്ങൾ പകുതി വരിക നോക്കൂ അപ്പൊ അങ്ങനെയാണ് മനുഷ്യന്റെ ഒരവസ്ഥ ദേഷ്യമുള്ള ഒരാളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ആർക്ക് സാധിക്കും സ്ത്രീ വിചാരിച്ചാൽ സാധിക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയ സയന്റിസ്റ്റായിരുന്നു ഹനുമാൻ സ്വാമി താരയെക്കൊണ്ട് ലക്ഷ്മണന്റെ ക്രോധം അവിടെ വെച്ച് നിർത്തിയതാണ് അപ്പൊ ഒരു കഴിവുണ്ട് ഒരു മറ്റൊരാളുടെ ക്രോധത്തെ ഇന്നത്തെ സ്ത്രീകൾക്ക് എന്ന് പറയാൻ പറ്റില്ലേ സ്ത്രീകൾക്ക് ഇന്നൊരു പക്ഷെ ക്രോധമുള്ള രാജ്യത്ത് താര ചെയ്ത് ഒന്നുകൂടി ക്രോധം കൂടും അതിലൊരു കഴിവ് ചെയ്ത് താര എന്നിട്ട് പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ബുദ്ധിമാന്മാര് അറിവുള്ളവര് ഞങ്ങളെപ്പോലുള്ള അവിവേകികളോട് ഇങ്ങനെ പെരുമാറാൻ പാടു ഏതായാലും സുഗ്രീവൻ ഇത്ര വൈകിച്ചു എന്നത് ശരിയാണ് പക്ഷെ മറന്നിട്ടില്ല പരോപകാരം മറന്നിട്ടില്ല ഇപ്പോ തന്നെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് ശ്രീരാമസ്വാമിയുടെ സന്ദേശം സുഗ്രീവനെ അറിയിക്കണമല്ലോ കൂടെ കൊണ്ടുപോയി സുഗ്രീവനാണെങ്കിലോ സച്ചിദാനന്ദം അകത്തി എന്നിട്ട് ബോധലിയാതിരിക്കുകയാണ് ആ സമയത്ത് ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠന്റെ സന്ദേശം തന്നയിച്ചിട്ടുണ്ട് എന്താവോ ജ്യേഷ്ഠനെ കൊന്ന അമ്മ ഇപ്പോഴും അവനായില്ല കേട്ടതും സുഗ്രീവനോട് അറിയില്ല ഉത്തരവിറക്കി എല്ലാവരോടും വരാൻ പറയും അങ്ങനെ വാനരന്മാരേക്ക് അങ്ങനെ ലക്ഷക്കണക്കിന് വാനരന്മാർ സുഗ്രീവൻ അവിടെ നിന്ന് ശ്രീരാമസ്വാമിയെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് എന്നിട്ട് അവിടെ വെച്ചിട്ടോ ശ്രീരാമസ്വാമിയോട് കൂടെ ആലോചിച്ചു അങ്ങനെ സൈന്യങ്ങളായി തിരിച്ച് എന്താണ് ഓരോ ഗ്രൂപ്പായി തിരിച്ച് ഓരോ ദിക്കിലേക്കും വാനരപ്പടയക്കാൻ നിൽക്കുമ്പോൾ നിൽക്കുന്ന സമയത്ത് ശ്രീരാമസ്വാമി വളരെ പ്രേമത്തോടെ ആദരവോടെ ഒരാളെ വിളിക്കും ആരെയാണ് പവനസുധകരേ പവനസുധനെ വിളിച്ചത് അങ്കുലീയം തന്റെ കയ്യിൽ കിടന്ന മോതിരം പവനസുധന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഒരടയാളവാക്യം കൊടുത്തുകൊണ്ട് പറയും ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ ശ്രീരാമസ്വാമി ശിരസിൽ കൈവച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി അനുഗ്രഹിച്ച് ആ നിമിഷം മുതൽ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയുടെ ദൂതനും ദാസനുമായി തീർന്ന് അവിടുന്ന് അന്വേഷണത്തിന് വാനരന്മാരല്ലേ മരം കണ്ടാലും കേറി നോക്കും സീതണ്ടോന്ന് കുഴി കണ്ടാലും നോക്കും സീതുണ്ടോന്ന് അന്വേഷനേഷ് ഹനുമാൻ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള രാംഭവാൻ അങ്കരൻ സുഷേണൻ തുടങ്ങിയിട്ടുള്ള വാനരന്മാരുടെ പട ഏറെക്കുറെ രാമേശ്വരത്ത് എത്തിച്ചേർന്നു അവിടെ വെച്ചിട്ടോ ഇനി സുന്ദരകാണ്ഡം ഒരൊട്ട ശ്ലോകം കൊണ്ട് വട്ടതിരിപ്പാട് തദ്വാർത്ത കന്നോദ്യൽ ഗരുതരുതൽ വസൽ സമ്പാദി സമ്പാദിവാക്യ റോ തീർണാർണോധി അന്തര നഗരിജനകാം ജനകജാംലീയം പ്രക്ഷുദ്യോദ്യോദാസ്യം ദൃഷ്ടിച്ചൻ അങ്ങനെ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയിൽ നിന്ന് അങ്കുലിയം വാങ്ങിച്ച് വാനരപ്പട തെക്കേ തീരത്തെത്തിച്ചേർന്നപ്പോ നിസ്സഹായരായി നിന്നു അവര് കാര്യമിനി സാഗരമാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് മഹേന്ദ്രഗിരിയിൽ അവര് വിശ്രമിക്കുമ്പോൾ ഒരു പക്ഷിശ്രേഷ്ഠൻ ചിറകില്ലാതെ ചാടി വരുന്നത് കണ്ടതും അങ്ങനെ ആ പക്ഷിശ്രേഷ്ഠൻ കൊത്താൻ നിൽക്കുന്ന സമയത്ത് ജഡായുവിന്റെ ഭാഗ്യം നമുക്കില്ലാതെ പോയല്ലോ എന്ന് കേട്ടപ്പോ ആരാണ് ജഡായു എന്ന് കേൾക്കാൻ ഔത്സിക്കം കാണിച്ചതും കഥകൾ പറഞ്ഞപ്പം പറഞ്ഞു ആ ജഡായുവിന്റെ സഹോദരനാണ് ഞാൻ എന്റെ പേര് സമ്പാദി പിന്നീട് കാര്യങ്ങൾ വ്യക്തമായി പണ്ടിങ്ങനെ രണ്ടുപേരും മത്സരിച്ചു ചിറക് കഥയും അതുപോലെ നിശാചരൻ എന്ന് പറയുന്നൊരു മഹർഷി തന്നെ രക്ഷിച്ച കഥയും ഇതുപോലെ വാനരന്മാര് ശ്രീരാമസ്വാമിയുടെ പത്നി അന്വേഷിച്ച് വരുമെന്നും വിവരങ്ങൾ പറഞ്ഞുകൊടുക്കുമ്പോൾ ചിറക് വീണ്ടും പൂർവ്വസ്ഥിതിയിൽ വളരുമെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ വച്ച് തന്റെ ദീർഘദൃഷ്ടികൊണ്ട് ലങ്കയിൽ അശോകവനിയില് ശിംഷികാവൃക്ഷുവട്ടിലിരിക്കുന്ന സീതാദേവി കണ്ടുവെന്നും അത് പറഞ്ഞുകൊടുത്തതോടുകൂടി ചിറകു മുളച്ച് സന്തുഷ്ടവാനായ സമ്പാദിയെ അവരെ തന്റെ സഹോദരന് ഉതകക്രിയകൾ ചെയ്യാൻ സഹായിച്ചുവെന്നും അതിനുശേഷം വാനരന്മാരുടെ മുന്നിൽ വലിയൊരു ഒരു പ്രശ്നമുണ്ടായി ഇനി ആരാണ് ലങ്കയിലേക്ക് കടക്കുക ലങ്ക കടക്കുക ഈ സാഗരം കിടക്കുക സമുദ്ര ലംഘനം അവസാനം ഓരോ വാനരന്മാര് അവരുടെ കഴിവൊക്കെ പറയും എന്നാൽ ആരും മുന്നോട്ട് വരാതെ നിന്നപ്പോ ജാമ്പവാൻ ഒന്നിലും തൽപരനല്ലാതെ ഒരു അലസനായിരിക്കുന്ന ഹനുമാൻ സ്വാമിയെ കണ്ട് പുറത്തു തട്ടിക്കൊണ്ട് കണ്ടൊരു ശാപമുണ്ടായിരുന്നു മറന്നുപോവാനുള്ള ശാപം ആ മറവിയിൽ നിന്നും ഉണർത്തിക്കൊണ്ട് എത്രയോ ദൈർഘ്യം പണ്ട് ചാടിയ കഥകളൊക്കെ ഓർമ്മിപ്പിച്ചു സൂര്യനെ ഫലമാണെന്ന് കരുതി മുന്നൂറ് യോജന ചാടിയതും തുടങ്ങിയിട്ടുള്ള വായുപുത്രനാണെന്ന കാര്യവും അങ്കുലീയം തന്ന കഥയും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമുള്ള കഥയും പറഞ്ഞപ്പോൾ ഊർജം വീണ്ടെടുത്ത് അവിടെ നിന്ന് ലങ്കയിലേക്ക് ചാടുകയും നൂറു യോജന ചാടിക്കടന്ന് സുഭേല പർവ്വതത്തിലെത്തി രാവണന്റെ കൊട്ടാരം കണ്ട് രാത്രിയിൽ അന്വേഷണം പോകുന്ന വഴിക്ക് ലങ്കാലക്ഷ്മിയെ വർദ്ധിച്ച് അകത്ത് കയറി അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം അശോകവനിയിലെത്തി താഴെ ശ്രീരാമസ്വാമിയുടെ പത്നിയെ കണ്ട് പിറ്റേ രാവണൻ പ്രേമാഭ്യാർത്ഥനയും ചെയ്യുന്നത് കണ്ടപ്പോ സീതാദേവി തന്നെയെന്ന് ഉറപ്പിച്ച് രാവണൻ പോയതിനുശേഷം സീതാദേവി ആത്മഹത്യാശ്രമം നടത്താൻ ശ്രമിച്ചുവെന്നാണ് ഇനി രക്ഷയില്ല ഭക്ഷണ ഇരയാക്കുന്നവണ കുറിച്ച് ഭക്ഷണത്തിൽ ഭക്ഷണമാക്കുന്നതാണ് അപ്പോ ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് അവിടെ വെച്ച് ഹനുമാൻ സ്വാമി ചരിത്രം മുഴുവൻ അങ്ങോട്ട് പറഞ്ഞതും ശ്രീരാമസ്വാമിയുടെ ചരിത്രം കേട്ടതും സന്തോഷം കൊണ്ട് കണ്ണ് വലത് കണ്ണ് ഇടത് കണ്ണ് തുടിച്ച സീതാദേവി മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ വാനരനായിരിക്കുന്ന ഹനുമാൻ സ്വാമി കണ്ടു പിന്നെ അടുത്ത് ചാടി തന്റെ വിശ്വരൂപം കാണിച്ചുകൊടുത്ത് താൻ ഹനുമാൻ സ്വാമിയാണെന്നും ഒരു കാരണം താനും താൻ വെറും ഒരു സാമ്പിൾ മാത്രം ഇതുപോലെ അനവധി വാനരന്മാർക്ക് ചാടി വരാനുള്ള കഴിവുണ്ടെന്നെല്ലാം പറഞ്ഞ് അങ്കുലീയവും കൊടുത്ത് പിന്നീട് രാവണനെ കണ്ടിട്ട് പോണല്ലോ അതിനെന്താ വഴി രാവണന്റെ ഉദ്യാനം തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ ഉദ്യാനത്തിൽ വെച്ച് അക്ഷകുമാരനെ വധിച്ച് കെട്ടിയിട്ട് ശ്രീരാമസ്വാമിയുടെ ദൂത് പറയാൻ രാവണ കൊട്ടാരത്തിലെത്തി അവിടെ വച്ച് ശ്രീരാമസ്വാമിയുടെ ദൂത് പറഞ്ഞ് തിരിച്ച് സീതയെത്തിച്ചിട്ടില്ലെങ്കിൽ കൊന്ന് നശിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞപ്പോ ിൽ തുണികെട്ടിക്കൊണ്ട് ശ്രീരാമസ്വാമിയെ ഹനുമാൻ സ്വാമിയെ അവർ വാലിൽ തീക്കോളത്തിയപ്പോ അങ്ങോട്ട് ലങ്കം മുഴുവൻ ചുട്ടുകരിച്ച് പിന്നീട് തിരിച്ചുപോരാ നേരത്ത് ശ്രീരാമസ്വാമിക്ക് അടയാളവാക്യമായി തലയിൽ ചൂടിയിരുന്ന ചൂടാവണിയും വാങ്ങിച്ച് അടയാളവാക്യവും കേട്ടുകൊണ്ട് ഹനുമാൻ സ്വാമി തിരിച്ച് ഇങ്ങോട്ട് ചാടുകയാണ് എന്താ പറയുന്നത് ും സുഗ്രീവതിബലകവിജമോ ചവിക്രാഭൂമി ചോവിക്രമ്യപാരേ ജലധിചരെ ശ്രീയമാണ അൽ പ്രോക്ത ശത്രുവാർത്ത രഹസിശമയ പ്രാർത്ഥന പ്രത്യോചാസ്മേയാജ അങ്ങനെ സുഗ്രീവൻ അങ്കദൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ അടുത്ത ഹനുമാൻ സ്വാമി വന്ന് സീതാദേവിയെ കണ്ട വിവരവും മൌലീരത്നം കിട്ടിയ കഥകളൊക്കെ പറഞ്ഞപ്പോ യുദ്ധത്തിന് തയ്യാറാവുകയാണ് അവരെല്ലാവരും രാമേശ്വരം കടൽ തീരത്തെത്തി അങ്ങനെ അവിടെ വച്ച് അത് സമുദ്രതീരത്തിൽ വെച്ച് ശ്രീരാമസ്വാമിയെ ശരണം പ്രാപിക്കാൻ വേണ്ടി ആ രാവണന്റെ സഹോദരനായ വിഭീഷണൻ അവിടെ പിന്നീട് സമുദ്രത്തോട് വഴി ചോദിച്ചപ്പോൾ സമുദ്രം വഴികൊടുക്കാതെ വന്നപ്പോ ഗോപിഷ്ടനായ ശ്രീരാമസ്വാമി അസ്ത്രമെടുത്തതും വരുണൻ പ്രകടമായി പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ നളൻ എന്ന് പറയുന്നൊരു വാനരനുണ്ട് അവനാണെങ്കിൽ വിശ്വകർമ്മിന്റെ പുത്രനാണ് അവൻ എന്ത് കടലിലിട്ടോ അതെല്ലാം നിൽക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ച് മാർഗം പാലം കെട്ടാൻ തുടങ്ങി അങ്ങനെ ആദ്യമായി ലോകത്തിൽ പാലം കെട്ടിയത് വാനരന്മാരാണ് ആദ്യത്തെ ആർക്കിടെക്ടും വാനരനാണ് മനുഷ്യനായിരുന്നില്ല പ്രിയാണ് എന്നിട്ടോ അപ്രകാരം കീശൈരാശാന്തരോപാഹൃതഗിരി നിഖരൈ സേതുമാദ്യദശിഖിരശിലൈ സൈന്യേ വ്യാകുറുവൻ സാധുജസ്ത്രം സമരഭുവിപരം വിക്രമം ശക്തജേത്ര അങ്ങനെ കീശൈ കീശെ തുടങ്ങാൻ വാനരന്മാരാൽ എന്തെല്ലാം ചെയ്തു പർവ്വതങ്ങളും മറ്റും കൊണ്ടുവന്ന് സേതു കെട്ടി അതൊരു രസകരമായൊരു കഥയാണ് ശ്രീരാമസ്വാമിയുടെ ആ സേതുബന്ധനം ഇത് നിങ്ങൾക്ക് രാമചരിത ഒരു കൃതിയുണ്ട് തുളസിദാസ്തീട് അതിലൊരു കഥയുണ്ട് നല്ല രസകരമായിട്ടുള്ള കഥയാണ് അതായത് ശ്രീരാമസ്വാമി ഇങ്ങനെ നോക്കുകയാണത്രേ സേതുബന്ധനം അപ്പോ ബാലരന്മാരെ കല്ലുകൊണ്ടുവരും നമ്മുടെ നളൻസ്വാമി എന്തു ചെയ്യും അതിലൊക്കെ രാമാ രാമനെന്തി വെള്ളത്തിലിടും അപ്പൊ വലിയ പാറകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ ശ്രീരാമസ്വാമിക്ക് തോന്നിയത്രേ എന്റെ പേരെഴുതിയിട്ട് കല്ലുകളിടുമ്പോൾ കല്ലൊക്കെ പൊങ്ങി നിൽക്കും ഞാനൊരു കല്ലിട്ടാൽ എങ്ങനെ ഉണ്ടാവുന്നത് തന്റെ കൈകൊണ്ടൊരു കല്ലിട്ടാൽ ശ്രീരാമസ്വാമിക്ക് തന്നെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അതെങ്ങാനും താഴ്ന്നു പോയാൽ മോശമുണ്ട് അപ്പൊ ആരും കാണാതെ വേണം ഈ പണിയൊപ്പിക്കാൻ വൈകുന്നേരമായി വർക്ക് കഴിയേണ്ട സമയം ശ്രീരാമസ്വാമി വിസിൽ വിളിച്ചു പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് അഞ്ചു എട്ട് മണിക്കൂറല്ലേ വർക്ക് പറഞ്ഞിട്ടുള്ളൂ ഇവരെല്ലാം പോയ സമയത്ത് ലക്ഷ്മണനോട് പോയിക്കോളൂ ലക്ഷ്മണൻ അപ്പൊ ജ്യേഷ്ഠൻ ഇല്ലേ ഞാൻ കുറച്ചുകൂടി വരാം ഞാൻ നോക്കേണ്ട പണിയൊക്കെ എങ്ങനെയുണ്ടെന്ന് വാസ്തവത്തിൽ ഇത് കൊണ്ടുവിടാനാണേ പിന്നെ ശ്രീരാമസ്വാമിക്കറിയാം കുഴപ്പമുണ്ടാക്കുന്ന ഒരാൾ ഹനുമാൻ സ്വാമിയ അങ്ങവരെ അവിടുന്ന് പറഞ്ഞേച്ചു എല്ലാവരും പോയി ശ്രീരാമസ്വാമി ഒരു കല്ലെടുത്തു ഉറപ്പുവരുത്തി ആരില്ല ആ കല്ല് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ടു നോക്കി അത്ഭുതം എന്ന് പറയട്ടെ കല്ല് ബ്ലൂ പൊങ്ങിയെന്ന് ഇല്ല ആകെ ഒരു ഐസാവ് എന്ന് ഒരു ഇല്ലേ ശ്രീരാമസ്വാമിക്കാകെ വിഷമം വല്ല ഒരിത് കണ്ടു എന്നുള്ളതാ കാരണം തന്റെ പേര് പോയി കിട്ടും നോക്കുമുണ്ട് മുന്നിലേക്ക് ഒരാള് ചാടണോ കണ്ടേൻ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി മനസ്സിലായി ഹനുമാൻ കണ്ടു ശ്രീരാമസ്വാമിക്ക് എന്താ പറയുന്നത് അറിയില്ല ഇന്നൊരെന്താ കണ്ടതെന്ന് അറിയില്ലല്ലോ ഉടനെ പറയാണ് കണ്ടു സ്വാമി സ്വാമിയുടെ കയ്യിൽ കല്ല് വെള്ളത്തിലേക്ക് ആഴ്ന്നു പോകുന്നത് കണ്ടു ഉടനെ ഹനുമാൻ സ്വാമിയുടെ കണ്ണെല്ലാം അങ്ങോട്ട് നിറഞ്ഞു ശ്രീരാമസ്വാമിയുടെ കാലു പിടിച്ചു ഇപ്പോ മനസ്സിലായി ഏതൊരു മനുഷ്യന്റെ മനസ്സ് അതെത്ര കല്ലുപോലുള്ളതാണെങ്കിലും രാമനാമത്തിന്റെ ഗുണം കൊണ്ട് അത് സംസാരസാഗരത്തിൽ പൊങ്ങിപ്പൊങ്ങി വരും എന്നാൽ അങ്ങയുടെ കയ്യിൽ നിന്നും വീഴുന്ന മനസ്സാണെങ്കിൽ ആ കല്ലിനെ ഉയർത്താൻ ഒരാൾക്കും സാധ്യത അതുകൊണ്ട് എന്റെ മനസ്സിനെ കൈവിടല്ലേ സ്വാമി എന്ന് പറയാൻ അങ്ങയുടെ കയ്യിലേക്ക് ഞാൻ എന്റെ മനസ്സാകുന്ന കല്ലിനെ ഏൽപ്പിക്കുകയാണ് അത് രാമനാമം ചൊല്ലിക്കൊണ്ട് എന്നും സംസാരസാഗരത്തിൽ പൊങ്ങി നിൽക്കട്ടെ അങ്ങയുടെ കയ്യിൽ നിന്നും അതൊരിക്കലും താഴേക്കിടരുത് സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി നിൽക്കപ്പോ അപ്പോഴാ ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി നല്ല ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് അല്ലെങ്കിൽ മോശമല്ലേ ഇപ്രകാരം ശ്രീരാമസ്വാമിക്ക് ഒരു വരി പരീക്ഷണുണ്ടായിന്ന് പറയാണ് ഏതായാലും അവിടെ വെച്ച് വാനരന്മാരെ സെയ്തു ബന്ധിച്ചു പിന്നീട് ആ വാനരന്മാർക്ക് ആയുധങ്ങളൊന്നും വേണ്ടല്ലോ വാനരന്മാർക്ക് യുദ്ധം ചെയ്യാനാ കല്ലെടുത്തിരിക്കുക മരം കൊണ്ടടിക്കുക ചൊറിഞ്ഞ് മാന്തിപ്പൊളിക്കുക ഇങ്ങനെയൊക്കെയാണ് അവരുടെ ആയുധങ്ങൾ ഇപ്രകാരമൊക്കെ ആ രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്യുന്നതിനിടയ്ക്ക് അവിടെ വച്ച് രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത് ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണനെയും നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചപ്പോ അവിടേക്ക് ഗൻൻ വന്ന് നാഗാസ്ത്രത്തിൽ നിന്നും അവരെ മുക്തരാക്കി ഇത് പറയാം എന്നിട്ടോ സൗമിത്രീ സ്വസ്ത്രശക്തീ പ്രകൃതിഗളത സോവാദാനീത ശൈല ഗ്രാണാൽപ്രാണാനുപേദോ യണത കുശദീ സ്വാഖിനം ഏകനാഥം മായാക്ഷോഭീഷു വൈഭീഷണവചനഹൃത സ്തംഭന കുംഭകർണം സംപ്രാപ്തം കംവിതോർവീതലമകിജമോ ം പിന്നീട് യുദ്ധം ഘോരമായ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ വച്ച് ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ രാവണനും തമ്മിലുള്ള യുദ്ധത്തിൽ ലക്ഷ്മണന്റെ നേരെ അതാ രാവണൻ തന്റെ വെയിൽ പ്രയോഗിച്ച സമയത്ത് മാറുകീറി ആ ലക്ഷ്മണൻ തവണ വീണപ്പോ ഹനുമാൻ സ്വാമിയെ പറഞ്ഞേച്ച് ഔഷധങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ പറഞ്ഞ ഔഷധത്തിന്റെ പേരൊക്കെ ആൾ മറന്നുപോയി ആളെന്ത് ചെയ്തു ഇനി മരുന്ന് നോക്കിയിട്ട് കാര്യമില്ല പർവ്വതം തന്നെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടുപോകും അങ്ങനെ കൊണ്ടുവന്നപ്പോ ഇവരുടെ ഇടയിൽ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു അയാളുടെ പേരായിരുന്നു നളൻ സോറി നീലൻ നീലൻ എന്ന് പറയുന്ന വാനരൻ ഈ മരുന്നുകളെ കൊണ്ട് ലക്ഷ്മണനെ വീണ്ടും ഉണർത്തിയതിനു ശേഷം പിന്നീട് മായാപ്രയോഗം ചെയ്യുന്ന മേഘനാഥനെ വധിക്കാൻ നിശ്ചയിക്കുകയാണ് മേഘനാഥനെ കൊല്ലാനാണ് ഏറ്റവും പ്രയാസം കാരണം അയാൾക്ക് അത്ഭുതകരമായ ശക്തികളുണ്ട് ശ്രീരാമസ്വാമിയുടെ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ സീതാദേവിയുടെ രൂപം കൊണ്ടുവന്ന് ശിരസ് വെട്ടി ഹനുമാനെ തളർത്തിയതാണ് മേഘനാഥൻ ഈ മേഘനാഥനെ കൊല്ലാൻ ലക്ഷ്മണനോട് പറയുകയാണ് ആര് വിഭീഷണൻ ശ്രീരാമസ്വാമി പറയും ലക്ഷ്മണനെ ഒരിക്കലും ഞാൻ വിട്ടുതരില്ല എനിക്ക് നൂറ് സീതയെ കിട്ടും ഒരു ലക്ഷ്മണനെ കിട്ടില്ലയാണ് സീത എനിക്ക് പ്രശ്നമില്ല എനിക്ക് സീതയെക്കാളും ഏറ്റവും ഞാൻ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും ലക്ഷ്മണനെയാണ് അതുകൊണ്ട് ലക്ഷ്മണനെ തരില്ല വിഭീഷണൻ പറയാണ് സ്വാമി അങ്ങയ്ക്ക് മേഘനാഥനെ കൊല്ലാൻ സാധ്യല്ല എത്രയോ വലിയ അവതാരമൂർത്തിയായ ശ്രീരാമസ്വാമിക്ക് മേഘനാഥനെ കൊല്ലാൻ രാവണ ഇന്ദ്രജിത്തിനെ കൊല്ലാൻ സാധ്യമല്ല എന്താ വിഭീഷണ പറയുന്നത് അപ്പൊ പറയാണ് ഈ മേഘനാഥനെ കൊല്ലണമെങ്കിൽ പന്ത്രണ്ട് വർഷം രാത്രി ഉറങ്ങാത്തൊരു വ്യക്തിക്ക് സാധിക്കുള്ളൂ അപ്പോഴാണ് ശ്രീരാമസ്വാമി അറിയുന്നത് തനിക്ക് വേണ്ടി ലക്ഷ്മണൻ പന്ത്രണ്ട് വർഷം രാത്രി ഉറങ്ങിയിട്ടില്ല ഇങ്ങനെയൊരു സഹോദര സഹോദര ഭ്രാതാവിനെ എങ്ങനെയാണ് ഈശ്വര കിട്ടുകയെന്നാണ് ചോദിക്കുന്നത് പന്ത്രണ്ട് വർഷം രാത്രി തനിക്ക് വേണ്ടി ഉറങ്ങാത്തൊരു ലക്ഷ്മണൻ ശ്രീരാമസ്വാമിയെ അത്ഭുതപ്പെടുത്തിയിരുന്നു അവിടുന്ന് ചെന്ന് വിഭീഷണൻ പറഞ്ഞ മേഘനാഥനെ വധിച്ച് പിന്നീട് ശ്രീരാമസ്വാമി കുംഭകർണനെയും വധിച്ച് അപ്രകാരം ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നെതുണ്ടായി ഗൃഹൻ ജംബാരിഥകണേനാഭിയുദ്ധൻ ബ്രഹ്മാത്രേതാമഗ്നിശുദ്ധാം േണീവരോ ജീവിതസമരമൃതീ ലക്ഷതങ്കൈ ലങ്കാവർത്താഗം സപ്രിയ പുഷ്ടകേണ പിന്നീട് ശ്രീരാമസ്വാമി ഇന്ദ്രൻ കൊടുത്തയച്ചിരിക്കുന്ന മാധുലി എന്ന് പറയുന്ന തന്റെ സാരഥിയോടുകൂടി കൊടുത്തയച്ചിരിക്കുന്ന രഥത്തിൽ കയറി ബ്രഹ്മാസ്ത്രമെടുത്ത് അഗസ്ത്യമഹർഷി ഉപദേശിച്ച ആദിത്യമന്ത്രവും ജപിച്ചുകൊണ്ട് രാവണനുമായി ഏറ്റുമുട്ടി ഓരോ കണ്ടങ്ങൾ മുറിഞ്ഞു വീഴുമ്പോഴും കണ്ടങ്ങൾ വന്നപ്പോ ബ്രഹ്മാസ്ത്രം മാറിലേക്ക് തൊടുത്തുവിട്ട് രാവണനെ വധിച്ച് പിന്നീട് സീതയെ വീണ്ടെടുക്കുന്ന കാര്യങ്ങൾ ചെയ്തപ്പോ അവിടെ വെച്ച് ശ്രീരാമസ്വാമിക്ക് വലിയ വിഷമായി സീതയെ സ്വീകരിക്കുക എന്നുള്ളത് കാരണം ഒരു വർഷക്കാലം അന്യന്റെ കസ്റ്റഡിയിലിരുന്ന ഭാര്യയാണ് ഏതായാലും സീതയ്ക്കൊരു മോഹൻഡായിരുന്നു മുഹിഞ്ഞ വേഷത്തോടുകൂടി രാമനെ കാണണമെന്ന് ശ്രീരാമസ്വാമി അനുവദിച്ചില്ല വിഭീഷണനോട് പോയി പറയും ആളുകളെ പറഞ്ഞേച്ച് കുളിച്ച് പട്ടുവസ്ത്രം ധരിച്ച് എല്ലാ ആഭരണ വിഭൂഷിതയായിട്ട് കാണാൻ വരാൻ അങ്ങനെ രഥത്തിൽ കൊണ്ടുവന്ന് തല്ലക്കിൽ കൊണ്ടുവന്ന് അവിടെ വച്ച് എല്ലാവരുടെയും മുന്നിൽ വച്ച് പത്തതിക്കിലും തനിക്ക് സീതയെക്കൊണ്ട് കാര്യമില്ല നിന്റെ സൌന്ദര്യം കൊണ്ട് കൊണ്ടുപോയതാണ് രാവണൻ ഒരു വർഷക്കാലം രാവണന്റെ സന്നിധിയിൽ ഇരുന്നവളാണ് നീ ബലാൽക്കാരേണ സ്രാവണന്റെ മടിയിലിരുന്നവളാണ് അതുകൊണ്ട് എനിക്ക് നിന്നെക്കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ സീതാദേവി ലക്ഷ്മണനോട് ചിത കൂട്ടാൻ പറയും അഗ്നി കൂട്ടാൻ പറയും എന്നിട്ട് രാമനെ നോക്കിക്കൊണ്ട് പറയും രാമ സ്ത്രീ ശരീരം അബലയാണ് ദുർബലയാണ് ഒരാൾക്ക് ബലാൽക്കാരേണ ഈ ശരീരത്തെ പിടിക്കാൻ സാധിക്കും പക്ഷേ എന്റെ മനസ്സിനെ ഒരു രാവണൻ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങാനും രാമനെ ഒരു നിമിഷത്തെ നേരത്തേക്കെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അഗ്നി എന്നെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ് അഗ്നിയിലേക്ക് ചാടിയെന്നാണ് ആ സമയത്ത് അഗ്നിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അഗ്നിദേവൻ സീതാദേവി പരിശുദ്ധയാണെന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ടുവന്നു അങ്ങനെ തിരിച്ചുകൊണ്ടുവന്ന് ദേവിയെ പുഷ്പക വിമാനത്തിൽ കയറ്റിക്കൊണ്ട് അപ്പോഴേക്കും വാനരന്മാരെ പറഞ്ഞ് ഞങ്ങളും വരുന്നു ഓരോരുത്തരും ഓരോരുത്തർ വരുന്നു സുഗ്രീവനും അതുപോലെ വിഭീഷണനും എല്ലാവരും കൂടെ ചേർന്ന് പുഷ്പക വിമാനത്തിലേറി നിന്ന് അയോധ്യയിലേക്ക് പുറപ്പെട്ടു ശിവശിവതാ ഗർഭിണീമ്യത്രുഘ്നേനാർഥയി ലവണനിശിചരം അങ്ങനെ എല്ലാവരും അയോധ്യയിൽ എത്തിച്ചേർന്നു ഭരതൻ അത്യന്തിക അത്യധികം സന്തുഷ്ടനായി ശ്രീരാമസ്വാമി ഭക്യാതരോടെ സ്വീകരിച്ചു വശിഷ്ഠ മഹർഷിയും സുമിത്രരും എല്ലാവരും കൂടി ചേർന്ന് ഒരു ദിവ്യമുഹൂർത്തത്തിൽ പല പുണ്യനദികളിൽ നിന്നും കൊണ്ടുവന്ന തീർത്ഥങ്ങളെക്കൊണ്ട് ശ്രീരാമസ്വാമി അഭിഷേകം ചെയ്ത് അങ്ങനെ പട്ടാഭിഷേകം ചെയ്ത് ചക്രവർത്തിയെ അവരോധിച്ചു ശ്രീരാമസ്വാമിയും സീതാദേവിയും എല്ലാവരും കൂടി ചേർന്ന് വിഭീഷണൻ എല്ലാവർക്കും ഓരോരോ സുഗ്രീവൻ എല്ലാവർക്കും ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കും ഹനുമാൻ സ്വാമിയോട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് ശ്രീരാമ സ്മൃതി നാമസ്മരണം എപ്പോഴും ഉള്ളിലുണ്ടായാൽ മതി കാരണം എത്രകാലം രാമനാമമുണ്ടോ അത്രകാലം ഈ ഭൂമിയിൽ അങ്ങേക്ക് വസിക്കാൻ ഇടവരട്ടെ എന്ന് ശ്രീരാമസ്വാമിയും അനുഗ്രഹിച്ചുകൊണ്ട് രാമനാമമാധുര്യത്തിലേക്ക് തന്റെ മനസ്സിനെ ഉയർത്തി ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയുടെ പരമഭക്തനും പരമദാസനുമായി തീർന്നു അങ്ങ് അതിനുശേഷം ശ്രീരാമസ്വാമിയും സീതാദേവിയും എല്ലാവരും ഒന്നിച്ച് ആയിരം വർഷക്കാലം ഭരിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് സീതാദേവി ഗർഭിണിയാവും ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജ്യത്ത് നടക്കുന്ന വിശേഷങ്ങളെക്കുറിച്ച് ദൂതൻ അന്വേഷിക്കുമ്പോൾ ഒരു വീട്ടിൽ നടന്ന കഥ ദൂതൻ പറയുന്നത് ഒരലക്കുകാരന്റെ ഭാര്യ ഒരു ദിവസം വരാതെ പിറ്റേ ദിവസം വന്നപ്പോൾ അലക്കുകാരൻ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു ഈ ഓരോ വീട്ടിൽ കയറിയിറങ്ങി അവിടെയൊക്കെ താമസിച്ച് തോന്നുന്ന സമയത്ത് എന്റെ വീട്ടിൽ കയറി വരാൻ എന്നെ സ്വീകരിക്കാൻ ഞാനാരാ രാമനാണോ എന്ന് പറഞ്ഞു അപ്പോ ഇത് കേട്ടതും ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി ഇപ്പോഴും പ്രജകൾ സീതാദേവിയെ പരിശുദ്ധയായി കണക്കാക്കുന്നില്ല ശ്രീരാമസ്വാമി വേദനപൂർവ്വം ഗർഭിണിയായ പത്നിയെ ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചു ലക്ഷ്മണനെ കൊണ്ട് വാൽമീകി ആശ്രമത്തിൽ കൊണ്ടുവിടാൻ ഏർപ്പാട് ചെയ്തിട്ട് അവിടെ വച്ച് സീതാദേവി ചോദിക്കും ഞാൻ തിരിച്ചുവരാൻ എപ്പോഴാണ് തയ്യാറാവേണ്ടത് പറയും ദേവി തിരിച്ചുവരേണ്ടതില്ല സീതാദേവി ഉപേക്ഷിക്കപ്പെടും അതിനുശേഷം ശ്രീരാമസ്വാമി സീതാദേവിയുടെ രൂപം സ്വർണത്തിലുണ്ടാക്കിക്കൊണ്ട് പല അശ്വമേധയാഗങ്ങളും ചെയ്യും തന്റെ സഹോദരനായ ശത്രുഘ്നെക്കൊണ്ട് ലവണ നിശ്ചിചരം ലവണ എന്ന് പറയുന്ന ആ രാജ്യം രാക്ഷസന്മാരിൽ നിന്ന് മുക്തമാക്കും അതിനിടയ്ക്ക് ഒരു ബ്രാഹ്മണ പുത്രൻ ഇടവരും അതിന് കാരണം ഒരു ശൂദ്രന്റെ തപസ്സാണ് എന്ന് മനസ്സിലാക്കി ആ ശൂദ്രനെ വധിക്കും ഈ ശൂദ്രന്റെ തപസ് ശൂദ്രൻ പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ശൂദ്രൻ എന്നൊക്കെ വിളിക്കുന്നത് വ്യാധികൊണ്ടായിരുന്നില്ല ആളുകൾ വളരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് രാമായണത്തെ ശൂദ്രെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്നവരായിരുന്നു ശൂദ്രൻ അയാളുടെ തപസ്സാണെങ്കിലോ മര്യാദയ്ക്കുള്ള തപസ്സായിരുന്നില്ല ഒരു മരത്തിന്റെ മുകളിൽ തല കീഴോട്ടാക്കിയിട്ട് തപസ് ചെയ്യാം തല കീഴോട്ടാക്കി ചെയ്യുന്ന തപസ്സുകളെല്ലാം ആഭിചാര തപസ്സുകളാണ് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന തപസ്സുകളാണ് മര്യാദയ്ക്കുള്ള തപസ്സാർക്കും വേദനയുണ്ടാക്കുന്നതല്ല മര്യാദയ്ക്കുള്ള തപസ് നിലത്തിരുന്നു കൊണ്ട് മനസ്സിനെ ഉയർത്തുന്ന തപസ്സാണ് അതിന് മരത്തിന്റെ മുകളിൽ കയറി എന്ത് തല കീഴാക്കി അപ്പം മറ്റുള്ളവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സ്വാർത്ഥ താൽപര്യങ്ങൾ നേടിയെടുക്കുന്ന തരത്തിലുള്ള തപസ്സുകൾ ചെയ്യുക ശൂദ്രന്മാരെ അവരാണ് ശൂദ്രന്മാരെ അവരെ തീർച്ചയായിട്ടും ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം ശ്രീരാമസ്വാമി ശൂദ്രനെ വധിച്ച് പിന്നീട് ശ്രീരാമസ്വാമി അറിയുന്നു ഒരു ദിവസം കൊട്ടാരത്തിൽ മുറ്റത്തുകൂടെ രണ്ട് കുട്ടികൾ രാമായണം പാടിക്കൊണ്ട് പോകുമ്പോഴാണ് അവരാരാണെന്ന് വിളിച്ചു ചോദിച്ച് അവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാമായണ കഥ അവരെ പാരായണം ചെയ്യാൻ ശ്രമിക്കും പറയുമ്പോൾ അവരിലൂടെ മനസ്സിലാക്കി അവരെ സീതാദേവിയുടെ പുത്രന്മാരാണത് തന്റെ മക്കൾ തന്നെയാണ് രാമായണ കഥ പാടുന്നതെന്ന് കണ്ടപ്പോ ശ്രീരാമസ്വാമി കുറെ കണ്ണുനീര് തൂകി ആ സീതയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ് അവിടെ വന്നപ്പോഴോ മധുരകൃതോ ദ്യം തന്റെ പുത്രന്മാരെ ശ്രീരാമസ്വാമിയുടെ പുത്രന്മാരെ വാൽമീകി മഹർഷി രാമായണാദികൾ പഠിപ്പിച്ച് അവരെക്കൊണ്ട് അയോധ്യയിൽ വെച്ച് രാമായണം പാടി ഇത് കേട്ടപ്പോ ശ്രീരാമസ്വാമിക്ക് സീതയെ വീണ്ടെടുക്കാൻ തോന്നി സീതാം അവിടെ ചെന്ന് വാത്മീകി മഹർഷിയോട് സീതാദേവിയുടെ പവിത്രത തനിക്കറിയാമെന്നും തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണെന്നും പറഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞു ഞാൻ എങ്ങോട്ടുമില്ല അവിടെ വച്ച് പറയാണ് ഇനിയും ഞാൻ ഒരു സ്ത്രീജന്മെടുത്ത് വരികയാണെങ്കിൽ ആ ജന്മങ്ങളിലെല്ലാം രാമനെ തന്നെയായിരിക്കും ഭർത്താവായി സ്വീകരിക്കുക നൂറ് ജന്മങ്ങളെടുത്താലും ആ ജന്മങ്ങളിലെല്ലാം രാമൻ തന്നെയായിരിക്കും എനിക്ക് ഭർത്താവ് എന്ന് പറഞ്ഞ് ഭൂമിദേവിയെ കൈകൂപ്പിത്തൊഴുതും രണ്ടായി പിളർന്നുകൊണ്ട് ഭൂമിയിലേക്ക് പ്രവേശനം ചെയ്തുവെന്നാണ് അതിനുശേഷം അത് ആ കൊട്ടാരത്തിലേക്ക് കടന്നുവരുന്നു യമൻ ഒരു മഹർഷിയുടെ രൂപമെടുത്ത് വന്ന് ശ്രീരാമസ്വാമിയോട് രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ആ രഹസ്യങ്ങൾ പറയുമ്പോൾ ആരെങ്കിലും വന്നാൽ അവരെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ജയിച്ചപ്പോ ദുർവാസാവമാഷി അവിടെ എത്തിച്ചേർന്നപ്പോ ലക്ഷ്മണനെ പ്രേരിപ്പിച്ച് ശ്രീരാമസ്വാമിയോട് താൻ വന്ന വിവരം പറയാൻ പറയുന്നതും ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി തന്റെ പ്രതിജ്ഞ താൻ ലക്ഷ്മണനെ കൊല്ലേണ്ടതുണ്ട് എല്ലാവരോട് ഉഭായം ആരാഞ്ഞപ്പോ കൊല്ലുന്നതിന് തുല്യമാണ് കൊട്ടാരത്തിൽ നിന്നും ഒഴിവാക്കുക വൃഷ്ടി കൽപ്പിക്കുക അങ്ങനെ ലക്ഷ്മണനെ ഉപേക്ഷിച്ചുകൊണ്ട് പിന്നെ ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി താനും ശരീരമുപേക്ഷിക്കേണ്ട സമയമായിരുന്നു എല്ലാവരും കൂടിച്ചേർന്ന് സരയൂ നദിയിൽ ചെന്ന് സരയൂ നദിയിൽ തൊഴുതുകൊണ്ട് തന്റെ മനസ്സിനെ ആത്മാവായിരിക്കുന്ന ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ശ്രീരാമസ്വാമി ശരീരം സലയിൽ സമർപ്പിച്ചു വരികയാണ് ഇങ്ങനെയാണ് രാമായണ കഥ ഭാരതത്തിലുണ്ടായിരിക്കുന്നത് എന്തിനാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് പട്ടതിരിപാട് ഉപസമരിപ്പിക്കുന്നു സ്വയം മർത്യാവതാരതം മർത്യ ശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിര നിരാകേ രാമധർമാതിസക് സ്വാത്മാനുഭൂ ക്രണേ സത്വം സത്വികമൂർത്തിവനപുരപതേനോ വ്യാധിതാഭാൻ ഏ ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുന്ന് എന്തിനാണ് രാമാവതാരം എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും മർത്യാവതാരം മർത്യനായി അവതരിച്ചിരിക്കുന്നത് ഒരു കാര്യം പഠിപ്പിക്കാനാണ് എന്താണത് കർമ്മധർമാതിസത്യാ വിശ്ലേഷാർത്തി ആർക്കാണോ മത്തിലും ധർമ്മത്തിലും മാത്രം ആസക്തിയുള്ളവൻ അവൻ ഇവിടെ ദുഃഖിക്കാൻ ബാധ്യസ്ഥനാണ് കാമവും ധർമ്മവും കൊണ്ട് നടക്കുന്നവൻ ദുഃഖിക്കാൻ ബാധ്യസ്ഥനാണ് അപ്പെന്തു വേണം ധർമ്മവും കാമവും മാത്രം പോരാ നമുക്ക് മോക്ഷമെന്നൊരു അനുഭവവും കൂടിയുണ്ട് അതുകൊണ്ട് മോക്ഷത്തിലേക്ക് ഉയരണമെങ്കിൽ കാമത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും മനസ്സ് പിന്തിരിപ്പിക്കേണ്ടതുണ്ട് ഉന്നതി നേടിയാലേ നമുക്ക് ആത്മീയമായി ഉയരാൻ സാധിക്കുകയുള്ളൂ എന്ന സാധാരണക്കാരനെ പഠിപ്പിക്കാനാണ് അവിടുന്ന് ഈ മനസ് വർത്തിയാവതാരം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങ് കൊല തവ വിക്രിയ എന്തിനാണ് അങ് സാധാരണ മനുഷ്യരെ പോലെ ക്ലേശങ്ങൾ അനുഭവിച്ചത് അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ ഏതായാലും ഇപ്രകാരം അവതരിച്ച ഗുരുവായൂരപ്പ എല്ലാ വ്യാധിയിൽ നിന്നും ഉയർത്തേണമേ എന്ന് പറഞ്ഞ് ഭട്ടതിരിപ്പാട് ഉപസമിരിപ്പിക്കും ഇതാണ് രാമായണം ഇരുപത് ശ്ലോകത്തിലൂടെ ഇരുപത്തിനാലായിരം ലോകങ്ങളെ ചുരുക്കി പറയാൻ പെട്ടതിൽ പാടാൻ സാധിച്ചു ഇനി എന്താണ് രാമായണത്തിന്റെ തത്വം ഇത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം നമ്മുടെ പൂർവികന്മാര് കഥകൾ പറയുന്നത് വാസ്തവത്തിൽ കഥ പറയാനല്ല അത് ശ്രദ്ധിക്കണം നിങ്ങൾ രാമായണമൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം സർവവേദാന്തസാരം വാൽമീകി മഹർഷി അടക്കത്തേക്ക് ഓർമ്മിപ്പിക്കും ഈ രാമായണം വേദസാരമാണ് വേദത്തിൽ കഥയില്ല വേദങ്ങളിലൊക്കെ തത്വമേ ഉള്ളൂ ഇപ്പൊ എന്താണ് തത്വം തത്വമസി എന്നതാണ് ഉപനിഷത് സന്ദേശം ഈ തത്വമസിയിലേക്ക് മനുഷ്യരെ ഉയർത്താൻ ആ തത്വമസിയെ കഥാരൂപത്തിൽ ആവിഷ്കരിച്ചതാണ് രാമായണം തത്വമസി എന്ന് പറഞ്ഞാൽ തത്വമസി എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ശബരിമലയിലല്ല വേദത്തില് പിന്നെയല്ലേ ശബരിമലയിൽ എഴുതിയത് ശബരിമലയിൽ വന്നത് വേദത്തിൽ എഴുതിയ ശേഷമാണ് വേദമന്ത്രമാണിത് ഇതിപ്പം ശബരിമലയിലായി കഴിഞ്ഞു അപ്പൊ അവിടെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ മുന്നിൽ തത്വമസീദ് ജീവിച്ചിരിക്കുന്നത് എന്താണ് എല്ലാവരും ക്യൂ നിന്ന് വരണമെന്നാണോ തത്വമസീദ് അല്ല തത്വമസീദ് പറഞ്ഞാൽ തത്വം അസീ ഏത് ആ വിഗ്രഹത്തിലിരിക്കുന്ന തത്വം ത്വം അസി നിന്നിലും ഉണ്ട് അല്ലെങ്കിൽ ആ തത്വം നീയാകുന്നു പലതരത്തിലെ വ്യാഖ്യായിരിക്കാം രൂപത്തിലുള്ള തത്വം എവിടെയുണ്ട് നിന്നിലുണ്ട് തത്വത്തിലേക്കാണ് ചൂണ്ടുന്നത് രൂപത്തിലേക്കല്ല അപ്പോ നമ്മളിലെല്ലാം അന്തർലീനമായിരിക്കുന്ന ഒരു ഈശ്വര തത്വത്തിലേക്കാണ് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകേണ്ടത് അതാണ് രാമായണം രാമൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന തത്വം ചൈതന്യം അതിലേക്ക് അയലം ചെയ്യണം അയലം ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിനെ നയിക്കണം എന്ന് പറയാം അപ്പൊ മനസ്സാകുന്ന സീത രാമനാകുന്ന ആത്മാവിലേക്ക് ചേരുന്നതാണ് സീതാരാമ സംയോഗം അപ്പൊ ഇപ്പൊ എവിടെയാണ് ഈ സീത ഇപ്പോ സീത ഇരിക്കുന്നത് രാവണന്റെ നിയന്ത്രണത്തിലാണ് ആരാണ് രാവണൻ രാവണെന്നുള്ള പേര് അദ്ദേഹത്തിന് വന്നത് ശരിക്കുള്ള പേര് ദശമുഖെന്നാണ് അപ്പൊ പത്ത് മുഖങ്ങളിൽ പത്ത് മുഖങ്ങളുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പത്ത് ഇന്ദ്രിയങ്ങളിലാണ് സുഖം എന്ന് കരുതി അതിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചവൻ മുഖം ഉറപ്പിച്ചവൻ തന്റെ മനസ്സ് ഉറപ്പിച്ചവൻ അവനാണ് രാവണൻ അപ്പം നമ്മളിലും ആരുണ്ടാവണം ഒരു രാവണൻ ഉണ്ടാവണം ഇനി അവ പേര് വന്നത് രസമാണ് കരഞ്ഞപ്പോഴാണ് രാവണൻ എന്നുള്ള പേര് കിട്ടിയത് ശിവനാണ് ആ പേര് കൊടുക്കുന്നത് രാവണൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേര് ദശമുഖെന്ന് പറഞ്ഞു അപ്പൊ കരഞ്ഞപ്പോ രാവണന്റെ പേര് കിട്ടി അപ്പൊ എന്തായിരിക്കണം അർത്ഥം തന്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവരെയാണ് രാവണൻ അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഉണ്ട് തന്റെ വേണ്ടി മറ്റുള്ളവർക്ക് വേദനയും വിഷമങ്ങളും കൊടുക്കുന്നവരൊക്കെ രാവണന്മാരാണ് നല്ലോണം ഉണ്ട് രാവണൻ ആ രാവണന്റെ നിയന്ത്രണത്തിലാണ് സീതയാകുന്ന മനസ്സിരിക്കുന്നത് ഇനി അവിടെ നിന്നും സീതയാകുന്ന മനസ്സിനെ ആരിലേക്ക് കൊണ്ടുവരണം അത്ര എളുപ്പമില്ലാതെ കാരണം കടല് കടന്നിട്ടാണ് പോയിരിക്കുന്നത് ആരെ പറഞ്ഞേക്കണം ഒരു ഹനുമാൻ സ്വാമി വേണമെന്ന് പറയുന്നത് ഹനുമാൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുരു വേണമെന്ന് പറയണം ശക്തിയുള്ളവൻ വേണം ഹനുവിൽ തട്ടിയപ്പോ തളരാതെ ഹനു പറ നല്ല താടിയല്ലെന്ന് ഉറപ്പുള്ളവനാണ് ഹനുമാൻ സ്വാമി ബുദ്ധിയുടെ പ്രതീകമാണ് ഹനുമാൻ സ്വാമി ഒരു ഗുരുവാണ് ഹനുമാൻ സ്വാമി അപ്പൊ ബുദ്ധിയുള്ള ഒരു ഗുരുവുണ്ടെങ്കിലേ സീതാദേവിയെ രാവണന്റെ കസ്റ്റഡിയിൽ നിന്നും എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ രാവണന്റെ പക്ഷേ ഗുരുവിന് സീതയെ കൊണ്ടുതരാൻ സാധ്യല്ല ഒരു ഗുരുവിനും നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധ്യല്ല പറഞ്ഞു പറ്റും നിങ്ങളുടെ മനസ്സിപ്പോ രാവണന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞു തരാൻ സാധിക്കും ഒരു ഗുരുവിന് സാധിക്കും മനസ്സിലാവണ്ടോ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഇപ്പോൾ എവിടെയാണെന്ന് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എൻ ഓർഡിനറി പേഴ്സൺ ഹീ കാൺ അണ്ടർസ്റ്റാൻഡ് വേർ ഈസ് ഈസ് മൈൻഡ് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മൈൻഡ് ഈസ് പെർഫെക്റ്റ് എന്നാണ് നമ്മുടെ മനസ്സുകൊണ്ട് ഒരു ഉപദ്രവവും ഇല്ല എന്നാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സിന് അതൊന്നും ഫേസ് ചെയ്യാനുള്ള ശക്തിയും കഴിവും ധൈര്യവും ഇല്ല ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ നമ്മുടെ മൈൻഡിന്റെ ക്വാളിറ്റി അറിയുന്നുള്ളോ അതുവരെ നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ സത്സംഗങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടല്ല അതിപ്പോ ഇരിക്കുന്നത് രാവണന്റെ നിയന്ത്രണത്തിലാണ് കുറേയൊക്കെ ശക്തി അതിനുണ്ടെങ്കിലും ശരിക്കും അതിന് യാതൊരു ശക്തിയുമില്ല അത് മനസ്സിലായിക്കഴിഞ്ഞാൽ ഇനി എന്ത് വേണം രാമ രാവണ യുദ്ധം വേണം അതിന് പാലം കെട്ടണം പാലം കെട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ലങ്കയിലേക്കൊരു പാലം കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയോടുകൂടി ഒരു ഡിസിപ്ലിനോടുകൂടി ജീവിക്കാൻ തയ്യാറാവണം പിന്നെ നാമസ്മരണങ്ങളെ കൊണ്ടും കീർത്തനാദികളെ കൊണ്ടും മനസ്സിന്റെ സംസ്കാരം പഴയ സംസ്കാരത്തെ ദുർബലമാക്കി അതാണ് വാനരന്മാര് രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുന്നത് മനസ്സ് മനസ്സിനോട് യുദ്ധം ചെയ്യണത് മനസിന്റെ രാക്ഷസീയ സംസ്കാരത്തെ സ്വാർത്ഥ സംസ്കാരത്തെ ശ്രീരാമസ്വാമിയുടെ കൂടെയുള്ള വാനരന്മാരെക്കൊണ്ട് നാമാദി സംസ്കാരാദികളെക്കൊണ്ട് കീർത്തനാദികളെക്കൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് ക്രമേണ സീതയെ രാവണന്റെ കസ്റ്റഡിയിൽ നിന്നും കൊണ്ടുവരണം അങ്ങനെ അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കി അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ സീതാദേവി പരിശുദ്ധയായിത്തീർന്ന് ക്രമേണ ആരെടുത്തെത്തും രാമന്റെ അടുത്തെത്തും ഇങ്ങനെ ഹനുമാൻ സ്വാമിയാകുന്ന ഗുരുവിലൂടെ രാവണനാകുന്ന ഇന്ദ്രിയങ്ങളിൽ മുഴുകിയിരിക്കുന്ന സീതയാകുന്ന മനസ്സിനെ അവിടെ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ട് ക്രമേണ സീതയെ രാവണന്റെ കസ്റ്റഡിയിൽ നിന്ന് മുക്തമാക്കി ആത്മാവായിരിക്കുന്ന രാമനിലേക്ക് അയനം ചെയ്യുന്ന കഥയാണ് ഏത് രാമായണം അപ്പോഴാണ് തത്വമസീദ് എന്നുള്ള വാക്കിനർത്ഥം രാമായണത്തിലാവുകയും അവിടെ മൂന്ന് രാജ്യങ്ങളുടെ കഥ പറയും അയോധ്യ കിഷ്കിന്ത ലങ്ക അയോധ്യ എന്നത് നമ്മുടെ ബുദ്ധിയുടെ പ്രതീകമാണ് എവിടെ വ്യക്തമായ ബുദ്ധിയുണ്ടോ അവിടെ യുദ്ധമില്ല എവിടെ വ്യക്തമായ അറിവുണ്ടോ അവിടെ യുദ്ധത്തിന് സാധ്യതയില്ല രണ്ടാമത്തത് കിഷ്കിന്തയാണ് അത് നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് അവിടെ വാനരന്മാരാണുള്ളത് അവിടെ രണ്ട് ശക്തന്മാരായ വാനരന്മാരുണ്ട് ഒന്ന് ബാലിയും രണ്ട് സുഗ്രീവനും നമ്മുടെ മനസ്സിലും രണ്ട് സംസ്കാരങ്ങളുണ്ട് സ്വാർത്ഥതയാകുന്ന ബാലി സംസ്കാരവും നിസ്വാർത്ഥതയാകുന്ന സുഗ്രീവ സംസ്കാരവും നമ്മുടെ ഉള്ളിലുണ്ട് മൂന്നാമത്തത് ലങ്കയാണ് ലങ്ക എന്നുള്ള ശബ്ദം വാക്കുണ്ടല്ലോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ലം അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കാലം എന്ന ശബ്ദം കിട്ടും ലംക എന്നുള്ളത് ഒരുവിധം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാലം അത് നമ്മുടെ ശരീരമാണെന്ന് പറയാണ് ശരീരത്തെയാണ് കാലം എന്ന് പറയുന്നത് അതെന്താ കാലം വിളിക്കാൻ കാരണം ഈ ശരീരത്തിൽ ആസുരികമായ സംസ്കാരങ്ങളും നമുക്ക് അനുഭവിക്കാം ദൈവീകമായ സംസ്കാരവും നമുക്ക് അനുഭവിക്കാം എന്ന് വെച്ചാൽ യഥാർത്ഥം രാവണനെപ്പോലെ വോഗത്തിനും ശരീരം ഉപയോഗിക്കാം വിഭീഷണനെപ്പോലെ യോഗത്തിനും ശരീരം ഉപയോഗിക്കാം ഒരേ ശരീരം കൊണ്ട് ഭോഗവും സാധിക്കും യോഗവും സാധിക്കും അവിടെയുമുണ്ട് ഒരു രാവണനും അവിടെയുമുണ്ട് അവിടെയുമുണ്ട് ഒരു കുംഭകർണൻ ഈ ശരീരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഭക്ഷണം കഴിച്ച് കടന്നു തുടങ്ങുക ശരീരം തന്നെയാണ് ലങ്ക മനസ്സാണ് കിഷ്കിന്ത ബുദ്ധിയാണ് ബുദ്ധിയിലാണ് ഭഗവാൻ പ്രകാശിക്കുക അവിടെയാണ് പരമാത്മാവ് അവിടെ തന്നെ ആരവതരിക്കണം പറഞ്ഞുവല്ലോ ബുദ്ധിയിൽ പ്രകാശിക്കുന്ന ചൈതന്യത്തെയാണ് നമ്മൾ രണ്ടു മൂന്ന് ദിവസമായി പറയുന്നതല്ലോ ബുദ്ധിയിൽ പ്രകാശിക്കുന്ന ചൈതന്യത്തെയാണ് പരമാത്മാവ് അപ്പൊ ശ്രീരാമൻ പരമാത്മാവായി എവിടെ വരണം അയോധ്യയിൽ വരണം ബുദ്ധിയിൽ വരണം അങ്ങനെ അയോധ്യയിൽ ശ്രീരാമസ്വാമി അവതരിച്ചിട്ടുവെങ്കിലും അവിടെയുമുണ്ട് ഒരു കൈകേകി എപ്പോ നമ്മുടെ മനസ്സിലെ കാമം ബുദ്ധിയെ സ്വാധീനിക്കുന്നുവോ ആ സമയത്ത് അയോധ്യ യുദ്ധമുള്ള രാജ്യമായി തീർന്നു കാമം ബുദ്ധിയുടെ ബുദ്ധിയുടെ അറിവിനെ മംഗലേൽപ്പിക്കും കൈകേയി കാമത്തിന്റെ പ്രതീകമാണ് കാമം വന്നപ്പോ ബുദ്ധിക്ക് പ്രകാശം വന്നി ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോയി ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോയതോടുകൂടി സീത നഷ്ടപ്പെട്ടു കാമം മനസ്സിനെ രാമനിൽ നിന്നും അകറ്റും വീണ്ടും ഇഷ്കിന്തയിലേക്ക് വന്നു അവിടെയും കാമെന്ന വികാരം ബാലിക്ക് രൂമയെ കൊണ്ടുപോകാൻ സാധിച്ചു സുഗ്രീവന് രൂമ നഷ്ടപ്പെട്ടു വീണ്ടും ലങ്കയിലെത്തിയപ്പോഴോ കാമെന്ന വികാരം ആ ലങ്ക രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ചു അപ്പൊ കാമം വന്നപ്പോ അയോധ്യയിൽ കാമം വന്നപ്പോ രാമന് രാജ്യവും നഷ്ടപ്പെട്ടു രാമന് സീതയെയും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മുടെ ബുദ്ധിക്ക് വ്യക്തത നഷ്ടപ്പെടുമ്പോ അറിവ് നഷ്ടപ്പെടുമ്പോ നമ്മുടെ ഉള്ളിൽ പരമാത്മാവ് ഉണ്ടെങ്കിലും ആ പരമാത്മാവും നമുക്ക് നഷ്ടപ്പെട്ടു മനസ്സും നമുക്ക് നഷ്ടപ്പെട്ടു മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതായത് കൂടഭഗവാനുണ്ടെന്ന ബോധം നമ്മുടെ ബുദ്ധിക്കെപ്പോ മറയുന്നുവോ ലൗകിക ജീവിതത്തോടുള്ള തൃഷ്ണ കൊണ്ട് കാമം കൊണ്ട് കൂടഭഗവാനുണ്ടായാലും അത് നമുക്ക് നഷ്ടപ്പെടുന്നവരാ മറിഞ്ഞു പോകുന്ന അർത്ഥം മനസ്സാണെങ്കിലോ ഭഗവാനെ വിട്ട് കാമങ്ങൾക്ക് അടിമപ്പെട്ടു അവസാനം യുദ്ധത്തിലൂടെ നേരത്തെ പറഞ്ഞു ഹനുമാൻ സ്വാമിയിലൂടെ സീതയെ കണ്ടെത്തി രാമരാവണ യുദ്ധം ചെയ്ത് വീണ്ടും സീതയെ രാമനിലേക്ക് എത്തിക്കുന്ന കഥയാണ് രാമായണം മനസ്സിലാവുന്നുണ്ടല്ലോ ആരുടെ കഥയാണ് ഈ രാമായണം നമ്മുടെ സ്വന്തം കഥയാണ് അതൊരു കഥാരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു മാത്രം ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഹനുമാൻ സ്വാമി ഉപാസിക്കുന്നത് വടമാല ഇട്ടിട്ടാവില്ല വടമാല കൊണ്ടേട്ടുള്ളൂ പക്ഷേ മനസ്സിലാക്കൂ ഹനുമാൻ സ്വാമി നമ്മുടെ ബുദ്ധി തന്നെയാണ് അതുകൊണ്ടാണ് ബുദ്ധിമതാംബരിഷ്ടം ശ്രീ ഹനുമാൻ സ്വാമി പറയുമ്പോൾ ബുദ്ധിയുടെ പ്രതീകമായിട്ടാണ് അപ്രകാരമുള്ള ഹനുമാൻ സ്വാമിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇപ്രകാരം ഈ കഥയും പറഞ്ഞ് ഉപസമരിപ്പിച്ചു അത്രേ പുത്രദയാതോ യാ ദൃഷ്ടോനേഹയു പണ്ട് അത്രിമഹർഷിയുടെ പുത്രനായി അനസൂയാദേവി ദത്താത്രേയൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു എന്നിട്ടോ സമാധിഭംഗം ഇന്ന് പേടിച്ചുകൊണ്ട് മനസ്സുമെടുത്ത് പത്നിയോടുത്ത് സഞ്ചരിക്കുന്ന സമയത്ത് ഭക്തോത്തമനായ ഹേഹയ രാജാവിനെ കണ്ടു ആ കാർത്തിവീരാർജുനന് അഷ്ടൈശ്വര്യവരങ്ങൾ നൽകിയതാണ് അങ്ങനെ ദത്താത്രേയ മാർഷിയിൽ നിന്ന് അഷ്ടൈശ്വര്യവരങ്ങൾ നേടിയ ആളായിരുന്നു കാർത്തിവീരാർജുനൻ ഹേഹയരാജാവ് അഷ്ടാന ഐശ്വര്യമുഖാൻപ്രദായത് സ്വേനൈവശാന്തേ എന്നൊരു അപ്രകാരം ഭഗവാൻ തന്നെ ദത്താത്രേയനായി വന്ന് അനുഗ്രഹങ്ങൾ കൊടുത്തു വീണ്ടും മറ്റൊരവതാരമായ പരശുരാമസ്വാമിയുടെ അവതാരം കൊണ്ട് പദവും കൊടുത്തു ഐശ്വര്യവും ഭഗവാനാണ് കൊടുത്തത് പദം സത്യം കർത്തമതാർജുനസവരം തൽശക്തിമാത്രാനഥം ബ്രഹ്മത്തീശിതാഖിലം നൃപകുലം അന്തും ചൂമീർഭരം സഞ്ജാതോ ജമദഗ്നിദോ ഭൃതുകുലേ ം രേണുകാ മ്മതം അങ്ങനെ അർജുനം സത്യം കർത്തും ഭഗവത് രൂപമെടുത്തുകൊണ്ട് കാർത്തിവീരാർജുനെ വധിക്കുമെന്ന വരത്തെ സത്യമാക്കി തീർക്കാൻ വേണ്ടി ബ്രഹ്മദ്ദേശി ഭൂമിപരം മകിലം നപകുലം ഹന്തും ഈ ഭൂമിക്ക് ഭാരമായി തീർന്ന ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഭൃഗുകുലേ ഭൃഗുകുലത്തിൽ ജമദഗ്നിഷിയുടെയുംവിയുടെയും ആത്മജേഷു പുത്രനായിക്കൊണ്ട് രാമോനാമ രാമനെന്ന നാമത്തിൽ സഞ്ജാത അങ്ങനെ പരശുരാമസ്വാമി ജമദഗ്നിടെയും പുത്രനായി മൃഗുകുലത്തിൽ അവതരിച്ചു വരെയാണ് എന്നിട്ടോ ലബ്ദാനാ ഗണച്ചതുർദ്ദശവയാ ഗന്ധർവരാജേ മനാൾ ആസക്താങ്കിലമാതരം പ്രതിപിതു ക്രോധാകുലസ്യ പാദജ്ഞാതികസോദരീ സമമാം ചിത്യോഗിതവരം ചതുവശദശ പതിനാലാമത്തെ വയസ്സിൽ പരശുരാമസ്വാമി എല്ലാ തരത്തിലുള്ള വേദങ്ങളും മറ്റും വളരെ ഉത്കൃഷ്ടരൂപത്തിൽ നിൽക്കുമ്പോഴാണ് ഒരിക്കൽ അമ്മ ഗംഗാതടത്തിൽ വെള്ളം കൊണ്ടുവരാൻ പോയപ്പോ ഗന്ധർവരാജേമനാ അപ്സരസ്ത്രീകളുടെ കൂടെ ലഭിച്ചുകൊണ്ടിരുന്ന ചിത്രരഥൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനെ കണ്ടപ്പോ അമ്മയുടെ ഉള്ളിൽ കാമം വന്നു എന്ന് പറയാൻ അവരുടെ കൂടെ അല്പനേരം വെള്ളത്തിൽ ഒന്ന് മതിക്കാൻ ആർക്കും തോന്നി അമ്മയ്ക്കും തോന്നിയപ്പോ ഇത് മനസ്സിലാക്കിയ പിതാവ് അമ്മയുടെ മനസ്സ് ദുഷിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോല ക്രോധാകുലനായ അച്ഛൻ അവിടെ വെച്ച് പറഞ്ഞ് പുത്രന്മാരോട് അമ്മയുടെ തല വെട്ടിക്കണെ പക്ഷെ പുത്രന്മാര് തയ്യാറായില്ല എന്നാൽ അച്ഛന്റെ നിർദ്ദേശം കേട്ട് തന്റെ വഴുവായിരിക്കുന്ന ആയുധം കൊണ്ട് അമ്മയുടെ തല കഴുത്തങ്ങോട്ട് വെട്ടിമാറ്റി വരം ചോദിക്ക് പുത്രാണ് പറഞ്ഞപ്പോൾ ചോദിക്കുന്ന വരം അമ്മയുടെ തല അതേ സ്ഥാനത്ത് വെക്കുകയും വേണം അമ്മയെ വെട്ടിയതെന്ന് അമ്മയ്ക്കൊരിക്കലും ഓർമ്മയും വരരുത് വരം വാങ്ങിച്ചുകൊണ്ട് അമ്മയെ വലിയൊരു പാപത്തിലൊന്നും ശ്രീരാമ പരശുരാമസ്വാമി മുക്തമാക്കി എന്നിട്ടോ പിതൃമുദീസ്തവാഹൃതീയ ഏനോ നിജാശ്രമാൽ പ്രസ്താദൃഗോർ ഗിരാഹിമഗിരൗ ആരാധ്യ ഗൗരീപദീ ലദ്ൽ പരശം തദുത്തതുജ ചേ മഹാസ്ത്രകം ശ്രമം പിന്നീട് ഭൃഗുമഹർഷി പറഞ്ഞതനുസരിച്ച് മാതൃമുതയും പിന്നീട് മൃഗമഹർഷിയുടെ വാക്ക് പിത്രാ മാതൃമുതയും വാക്കുകൾ കേട്ടിട്ട് കാമധീരുവിനെ കൊണ്ടുവന്നു പ്രിയ എന്നിട്ടോ സജിവന്നെയും തകുതിയാരുദ്ധൻ മുണി പ്രാണക്ഷേപരോഷഗോഹതമോ ചക്രേന വത്സോഹൃദ അങ്ങനെ ഒരിക്കല് നായാട്ടിനു വേണ്ടി കാത്തിവീര്യാർജുനൻ കാട്ടിൽ വന്നു തളർന്ന പരവശനായ രാജാവ് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോ അവരെ ഗംഭീരമായി സൽക്കരിച്ചുരാ ജമദഗ്നി മഹർഷി എവിടുന്നാണിങ്ങനെ കാട്ടിൽ ജ്യൂസും വേറെ എന്താണ് ഒക്കെ സാധനങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് വളരെ അത്ഭുതകരമായി കണ്ടപ്പോ ചോദിച്ചു ഇതൊക്കെ കാമദേവൻ ഉണ്ടാക്കി തന്നതാണ് നെ അവളെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു പെണ്ണാന്നാ വിചാരിച്ചത് കാമദേവനെ ഒളിച്ചുതാ വരുന്നു കാമദേ പറഞ്ഞ അപ്പോ ഇവളാണോ ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞ് ബലാൾക്കാരേണ ആ കാർത്തിവീരാർജുനൻ കാമദേവിനോനെ കൊണ്ടുപോകാൻ നിന്നപ്പോ അവിടെ വച്ച് തടഞ്ഞു നിർത്തിയെങ്കിലും ബലാൾക്കാരേണ അവര് കൊണ്ടുപോയി തേനാഭിരുദ്ധൻമണി പരശുരാമൻ അവിടെ ഉണ്ടായിരുന്നില്ലേ ആശ്രമത്തിൽ അപ്പോഴാണ് എന്ത് സംഭവിച്ചത് കാർത്തിവീരാജുനൻ കാമദേവിനോനെ അനുദരിച്ചത് അപ്പോഴോ ഭഗവാൻ പരശുരാമസ്വാമി വന്നപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴെന്നല്ലായി ശുക്രോജീവിത താതവാക്യചരിതോദോദസഖ്യാസമം ഋപ്രഖ്യാതമഹോദരോലനിഹിതം ചാപം കുടാരം ശരാൻ ആരുടസവാഹയന്ധ്യകരഥം മാഹിഷ്പീമാവിശൻ വാഗിർവത് ശുഷിക്ഷിരിപതോ സംഭ്രാസ്തു സങ്കരം അങ്ങനെ പണ്ട് ശുക്രാചാര്യര് മൃതസഞ്ജീവനിയായി ജീവിപ്പിച്ച് പിതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട കാര്യങ്ങളുണ്ട് കുറെ അസുരന്മാരെയൊക്കെ അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് ഭഗവാനാണെങ്കിലോ അങ്ങനെ ഒരു ആളെയും കൂട്ടക്കൂട്ടി അയാളുടെ പേരായിരുന്നു അകൃതവ്രണ്ണൻ ആ അകൃതവ്രണ്ണനെയും കൂട്ടിക്കൊണ്ട് പരശുരാമസ്വാമി അവിടെ നിന്ന് ശിവപാർഷനായ മഹോദരൻ കൊടുത്തിരിക്കുന്ന ശാപങ്ങളും വില്ലുവും മഴുവും ശരങ്ങളൊക്കെയായിട്ട് സാരഥിയോട് കൂടിയിട്ട് കാർത്തിവീരാജനന്റെ കൊട്ടാരത്തിൽ ചെന്ന് അവിടുന്ന് തന്റെ പശുക്കുട്ടിയെ തരാൻ പറഞ്ഞപ്പോ അയാൾ കൊടുക്കാതെ വന്നപ്പോ അവിടെ വച്ച് യുദ്ധം തുടങ്ങിയതാണ് എന്നിട്ടോ പുത്രാണാമയുതേന സപ്തശബി ചാക്ഷൌഷിണീണീർ മഹാ സേനാനീ ബിരനീലിത്രനിമഹൈ രാജം വിധായോധന സത്യസ്വൽക്കുഭാരഭാണവിതളൻ നിശേഷ സൈന്യോൽക്കരോ അവന്റെ പതിനായിരം പുത്രന്മാര് പതിനേഴ് അക്ഷൌഹിനികള് അതുപോലെ പരാക്രമികളായ സേനാനായകന്മാര് അവന്റെ ആളുകളോടൊക്കെ ചേർന്ന് ഭയങ്കര യുദ്ധം നടത്തിയപ്പോ അസ്ത്രങ്ങളെ കൊണ്ട് അവന്റെ സൈന്യങ്ങൾ നശിച്ചു അവസാനം അവന്റെ പുത്രന്മാരും ഭയന്നോടിയപ്പോ അവിടുന്ന് ഹേഹയനുമായി കാർട്ടിവിര്യാദനുമായി ഏറ്റുമുട്ടി എന്നിട്ടോ ലീലാരിത നർമ്മദാ ജലവഹൾ ലങ്കേജഗർവാപഹൾ ശ്രീമൽ ബാഹുസഹസ്ര മുക്തബുഷ്ട്രം നിരുമോൻ ചക്രേ തൊയ്യത വൈഷ്ണവേഫലേ ഉദ്വാഹരി ത്വാം മുതാ ധ്യയന്തോഷമവതി സോകാൽ പരം തേ പദം അങ്ങനെ പണ്ട് കാത്യവീരാർജുനൻ നർമ്മദയില് തന്റെ ആയിരക്കണക്കിന് കൈകളെ തടഞ്ഞു നിർത്തി രാവണന്റെ കുളി മുടക്കിയിട്ടുണ്ട് രാവണൻ കുളിക്കുന്ന സമയത്ത് ഇങ്ങൊരു മുകളിൽ ചെന്നിട്ട് വെള്ളം തടഞ്ഞു വെച്ചു ഒരു ബണ്ട് പോലെ ആദ്യത്തെ കെട്ടിയ ആളായിരുന്നു കാർത്തിവീരാജ് കൈകൊണ്ട് ഡാമ് കിട്ടിയത് മറ്റേ കുളിക്കാൻ വെള്ളമില്ല ഘോരമായി യുദ്ധം ചെയ്തു രാവണനെ തോൽപ്പിച്ചു അന്ന് ആര് കാർത്തിവീരാജ് ആ കാർത്തിവീരാർജുനന്റെ കൈകളെ ഓരോന്നായി വെട്ടിമുറുക്കി അവസാനം ചിത്വ അവനെയും കൊന്നുകൊണ്ട് അങ്ങയുടെ നേരവൻ വൈഷ്ണവ ചക്രം പ്രയോഗിച്ചു പക്ഷേ ഹരിയാണെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം താണു വഴങ്ങി പിന്നെ അവനെ കൊന്ന് അവന് അങ്ങയുടെ പദം കൊടുത്തുവെന്നാണ് ഇങ്ങനെ കാത്തിവീര്യാർജുനൻ മരിച്ചപ്പോഴോ ഭൂയോ മർഷിത ഹേഹയാത്മജഗണേ താദേഹദേ ആജ്ഞാനം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാ വഹൻ ധ്യാനീതരായുധസ്തമകൃത പിന്നീട് അവിടുന്ന് എന്ത് ചെയ്തു പിതൃവധത്തിൽ ഭഗവാൻ രാജാവിനെ വധിച്ചതിന്റെ ദേഷ്യത്തിൽ അവന്റെ പുത്രന്മാര് ഒരിക്കൽ പരശുരാമസ്വാമി ഇല്ലാത്ത സമയം നോക്കി ആശ്രമത്തിൽ വന്ന് അച്ഛനായിരിക്കുന്ന ജമദഗ്നി മഹർഷിയെ വധിച്ചു പറയുക ജമദഗ്നി മഹർഷിച്ച് മരിക്കപ്പെട്ട് പരശുരാമസ്വാമി വരുമ്പോണ്ട് അമ്മ നെഞ്ചത്തടിച്ച് കരയുന്നു ഇരുപത്തൊന്ന് വട്ടം അമ്മ നെഞ്ചത്തടിച്ചപ്പോ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു എന്ത് ക്രൂരന്മാരായ ദ്രോഹികളായ അസുരന്മാരെ അസുര സ്വഭാവമുള്ള രാജാക്കന്മാരെ ഞാനിതാ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തു എന്നിട്ട് ഈ ഭൂമിയെ ക്ഷത്രിയ ക്ഷത്രിയന്മാരല്ലാത്ത ഭൂമിയാക്കി മാറ്റാൻ നിശ്ചയിച്ചു എന്നിട്ടു ീവനഗന്ധപാലകുലം പ്രിസപ്തോജയൻ സന്തർപ്യതസമന്ത രക്രോഹേ പ്രതൃൻ യജ്ഞേഷ്മാവു കശ്യപാദിഷാതിശൻ സ്വാലേന യുദ്ധ്യൻപുന കൃഷ്ണോമം നിഹനിഷ്യതീതി ശമിതോ യുദ്ധാൽ കുമാരീഭവൻ അങ്ങനെ പിതാവിനെ യോഗശക്തിയ ജീവിപ്പിച്ചു എന്നാണ് പരശുരാമസ്വാമി എന്നിട്ടോ ഇരുപത്തൊന്ന് വട്ടം ഭൂമിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ക്ഷത്രിയന്മാരിൽ നിന്ന് മുക്തമാക്കി അതിനുശേഷം ഭൂമിയെ കശ്യപാദികൾക്ക് ദാനം ചെയ്തു അങ്ങനെയാണ് ഭൂമി ക്ഷത്രിയനിൽ നിന്നും ബ്രാഹ്മണരുടെ കൈവശം വന്നതെന്നാണ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഭാരതം ഭരിച്ചിരുന്ന ക്ഷത്രിയന്മാരായിരുന്നു പക്ഷെ ക്രമേണ ക്ഷത്രിയന്മാരിൽ നിന്ന് ഭൂമി ബ്രാഹ്മണരുടെ കയ്യിൽ കിട്ടി അങ്ങനെ ക്ഷേത്രങ്ങളും നമ്മൾ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സർവ ക്ഷേത്രങ്ങളും പ്രതിഷ്ഠ നടത്തിയത് നിർമ്മിച്ച പരശുരാമസ്വാമിയാണെന്ന് ചരിത്രം പറയും അവസാനം അദ്ദേഹം ഇതെല്ലാം ചെയ്ത് ശ്യാലൻ എന്ന് പറയുന്ന രാജാവിനെ കൊന്നില്ല അവിടെ സനൽകുമാരാദി മഹർഷിമാർ കുമാരേ ഭവാൻ വന്നിട്ട് പറഞ്ഞു അവർ വന്നിട്ട് പറഞ്ഞു ഡേ ഇയാളെ ആര് കൊല്ലും കൃഷ്ണൻ വധിക്കും എന്ന് പറഞ്ഞിട്ട് അയാളെ വെറുതെ വിട്ടുവെന്നാണ് എന്നിട്ടോർമ്മിതാം ൃാനജകിതം സിന്ധു സ്രവക്ഷേവൽ ഉത്സാര്യോധൃതകേരളോ ഭഗവതേ ആദേശ സംരക്ഷമാ അസ്ത്രാണി ല എല്ലാ അസ്ത്രങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് മഹേന്ദ്രഭൂബ്രതി മഹേന്ദ്രപർവതത്തിലേക്ക് തപസ്സിയാൻ പോയെന്നും പിന്നീട് ഗോകർണാവതി തരണം ധരണി സാഗരേണ ഗോകർണ്ണം വരെയുള്ള ഭൂമി വെള്ളത്തിൽ കടലിൽ മുങ്ങിക്കിടക്കുന്നത് കണ്ട് അവിടുന്ന് അർത്തി താപസേയർത്തി താമസന്മാരെ പറഞ്ഞ പ്രകാരം അവിടുന്ന് അസ്ത്രം കൊണ്ട് ആ ഭൂമിയെ ഉയർത്തിയെന്നാണ് ഇപ്രകാരം ഭൂമി കേരളത്തെ ഉയർത്തിയ ഉദ്ധൃത ഉയർത്തിയ ഭൃഗപഥ ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ഏ പരശുരാമസ്വാമി ഗുരുവായൂരപ്പൻ തന്നെയായി വന്നിരിക്കുന്ന പരശുരാമസ്വാമി അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു എന്നെ രക്ഷിച്ചാലും സാദ്രാനന്ദതോഹരേ നപുരാസുരേ സങ്കരേ തൊൽ കർമ്മ ശേഷ യാഥാഗതിേഷാ ഭൂതലജന്മനുവാണൂരാർദ്ദിദൂമിപരിഞ്ചമാശ്രിതപദം വട്ടതിരിപ്പാട് നാരായണീയം ആരംഭിക്കുന്നത് സാന്ദ്രാനന്ദബോധം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൃഷ്ണാവതാരത്തിലേക്ക് കടക്കുമ്പോ അദ്ദേഹം ആദ്യം ഉപയോഗിക്കുന്ന വാക്ക് സാന്ദ്രാനന്ദതനോ എവിടുന്നാണ് ഈ ഗുരുവായൂരപ്പൻ വരുന്നത് സാന്ദ്ര ആനന്ദമാണ് എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്ന ആ തേജസ് തന്നെയാണ് ഗുരുവായൂരപ്പൻ അപ്രകാരമുള്ള ഗുരുവായൂരപ്പൻ പുരാദേവാസുരേ സങ്കരേ പണ്ട് ദേവാസുരയുദ്ധം നടക്കുമ്പോ കാലനേമി തുടങ്ങിയിട്ടുള്ള അസുരന്മാരെ ഭഗവാൻ വധിച്ചിരുന്നു പക്ഷെ അവർക്കൊന്നും മുക്തി കിട്ടാതെ വന്നപ്പോ യാതാഗതിന്ന അവരെന്ത് ചെയ്തു ഭൂതലജന്മനാം വീണ്ടും ഭൂമിയിൽ പുനർജനിച്ചു അവരാണ് കംസൻകോട്ടരായി വന്നിരിക്കുന്നത് അങ്ങനെ വന്നിരിക്കുന്ന അവരെ അവരുടെ ഭാരം കൊണ്ട് ഭൂരാർദിത ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ഭാരം സഹിക്കവയ്യാതെ പിരിഞ്ചമാശ്രിതപദം ബ്രഹ്മാവിനെ ആശ്രയിച്ചു എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് ബ്രഹ്മാവിന്റെ അടുത്തെത്തി എന്താ ഭൂഭാരം സഹിക്കാൻ വയ്യാന്ന് എന്നിട്ടോ ഹാഹാദുർജനഭൂരിഭാരമതിദാ ആദോ നിദോ പാദുഗാ ഏതാം ആലയഹന്തേ വിവചനം സംഭ്രസ്തദേവാനിമാൻ ഇത്യാദിപ്രചുരപ്രലാപിവശാ ആലോക്യദാദാമഹീം ്രഹ്മാവിന്റെ അടുത്ത് എന്നിട്ട് പറയാണ് ആഹാ ദുർജന ഭൂരിഭാരം കൃഷ്ണന്മാരായിട്ടുള്ള ആളുകളുടെ ഭാരം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ ബ്രഹ്മാവെ ചോദിക്കൂ ദേവന്മാരോടെല്ലാം ഞാൻ എങ്ങനെയാണ് കഴിയുന്നതെന്ന് അതുകൊണ്ട് ഇവരുടെയൊക്കെ ആ ഭാരത്തിൽ നിന്നും എന്നെ ഒന്ന് ഉയർത്തേണമേ സഹായിക്കണമേ എന്നെ ഒന്ന് എന്താണ് ദുഃഖങ്ങളിൽ നിന്ന് മുക്തമാക്കിയമേ എന്നല്ലാം ഇങ്ങനെ ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോ സത്യോപവന്തം ഹരേ ആ ബ്രഹ്മാവ് തന്റെ ഹൃദയത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോയി ഭഗവാനെ സ്മരിക്കുകയാണ് പൂജേംഭുജന ഈശുര സത്യന്തരിയാവജോം ചരക്ഷണവിധോ ോ ഹി ലക്ഷ്മീപതീ സിതീശർവുരസരാവയോയോരിധിം നോമഹേജവാഗം തവാകേദനം ഭൂമീദേവിയെ നോക്കിക്കൊണ്ട് ദേവന്മാരെ നോക്കിക്കൊണ്ട് ബ്രഹ്മ പറയാണ് നോക്കൂ ഈ ഭൂമിദേവി പറയുന്നത് ദേവന്മാരെ ശരി തന്നെയാണ് സത്യം ദരിദ്രാവശോ നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാൻ ഗുരുവായൂരപ്പനല്ലാതെ ലക്ഷ്മീപതി അല്ലാതെ ഈ ദുഃഖത്തിൽ നിന്നും ഭൂമിദേവിയെ രക്ഷിക്കാൻ ആരുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം സർവപുരസരാമയോ ശിവ പരമശിവനോട് പറയാണ് പരമശിവ ദേവന്മാരെ എല്ലാവരും കൂടി ചേർന്ന് പയോവാരധിം നമുക്കെല്ലാവർക്കും ആരാഴി തീരത്ത് ചെന്ന് ആ ഭഗവാനെ ഗുരുവായൂരപ്പനെ സ്തുമഹേ സ്തുതിക്കാം ഭഗവാൻ തന്നെ നമുക്കൊരു കോംവഴി കാണിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ആരാഴീശീലക്ക യജ തേ മുക്തക്താ ദുഃഖജലതിയ സാവൽ പദ ചിന്തോ ജ നിശമ്യസല ആനന്ദയോദിവാൻ ആ പരമാത്മന സ്വയഹം വാകം താകർണ്ണ്യതാ എനിക്ക് ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു ബ്രഹ്മാവ് എന്റെ ഹൃദയത്തിലും നിങ്ങളുടെ ഹൃദയത്തിലും എല്ലാവരും ഭഗവാനെ ധ്യാനിക്കണം ഞാനവിത ഭഗവാനെ ധ്യാനിക്കണോ ഇപ്രകാരം അവര് ഭഗവാനെ ധ്യാനിച്ചതും ആ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഹൃദയത്തോൽവാചം നിശമ്യ ഭഗവാൻ അശരീരി പോലെ ഒരു കാര്യം പറഞ്ഞു ആ കാര്യം ബ്രഹ്മാവ് പറയാണ് ആഖ്യാതോൽവാക്യം ഞാൻ കേട്ടിരിക്കുന്ന ഭഗവാന്റെ ആ വാണി നിങ്ങളും കേട്ടാലും ദേവന്മാരെ എന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിപ്പിച്ച വാക്കുകളെ എമ്മാവ് ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ഭഗവാന്റെ ശരീരീ ജാനേ ദീനദശാമഹം ദിവിശദാ ഓമേശ ഭീമേന്ദ്രഭൈ കൽക്ഷേപായ ഭമിയാകുലേ സോഹം സമഗ്രാത്മന ദേവൃകുലേ ഭവു കലയാംഗനൂ മത്സേവാൻ ഭീമേതം ദുഷ്ടരായ രാജാക്കന്മാര് ഭൂമിയെ ഭൂമീച്ചീനതശാം ഈ ഭൂമിയെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും ഇനി ഞാൻ കാത്തിരിക്കുന്നില്ല അഹം തൽക്ഷേപായ യാദവ ഗുരീഭവാമി ഞാനിതാ പൂർണ്ണസ്വരൂപനായി യാദവ വംശത്തിൽ അവതരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ട് ദേവന്മാരെ നിങ്ങൾ മൻസേവാർവൃഷ്ടികുലേ നിങ്ങൾ വിഷ്ണിവംശത്തിൽ യാദവകുലത്തിൽ എന്റെ സേവയ്ക്കായി എന്റെ കലയായി വന്നിരിക്കണം ദേവാങ്കന ഏ ദേവസ്ത്രീകളെ അഫ്സരസ്സുകളെ നിങ്ങളും എനിക്ക് ഒരു ഉപകാരം ചെയ്യണം എന്താണ് നിങ്ങൾ ഗോകുലത്തിൽ ഗോപികമാരായി വന്നിരിക്കണം അങ്ങനെ ഞാൻ ഭൂമിയില ഭാരം ഇതാ തീർക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞിരിക്കുന്നു എന്നോട് അതുകൊണ്ട് ദേവന്മാരെ വേഗം സ്ഥലം ഏകം വിഷു വംശത്തിൽ പൊയ്ക്കോളൂ ദേവസ്ത്രീകളെ നിങ്ങൾ ഗോപികമാരായി പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് ബ്രഹ്മാവരെ പറഞ്ഞേക്കുകയാണിനി ശ്രുവാ കർണരസായു നിർവാപിത സ്വാന്തികതീഷു താഗൃപാപീയൂഷ്ടാത്മസൂ നിധുരാൽ സാന്നിധ്യപുണ്യോത്തരേ ൂരാത്മജി മധുരാപുരി മധുരാപുരിയിൽ അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ആനത്തവ വംശം എന്ന് പറയുന്ന വംശത്തിലെ ഉഗ്രസേനൻ എന്ന് പറയുന്ന ആ ഉഗ്രസേനന്റെ സഹോദരനായിരുന്നു ദേവകൻ എന്ന് പറയുന്ന ആള് മൂട്ടത് ദേവകനായിരുന്നെങ്കിലും രാജ്യം ഭരിച്ചത് ഉഗ്രസേനാണ് ദേവകന് ുട്ടികളാണ് ഉഗ്രസേനന് മകനായി ആരുണ്ട് സ്വന്തം പുത്രനല്ല ഔരസപുത്രനാണ് അയാളുടെ പേരായിരുന്നു കംസൻ ഈ ഏഴ് പുത്രിമാരും ആദ്യത്തവൻ രോഹിണി ആർക്കാണ് വിവാഹം കഴിച്ചു എന്ന് ചോദിച്ചപ്പോ അവർ തീരുമാനമെടുത്തു അന്ന് അവിടെ യാദവംശം ഉണ്ടായിരുന്നു യാദവ വംശത്തിലെ പ്രധാനിയായിരുന്നു ശൂരസേനൻ അയാളുടെ പുത്രനായിരുന്നു വസുദേവൻ ശരിക്കും കുലം വലിയ കുലം ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കുലം യാദവകുലമായിരുന്നെങ്കിലും രാജ്യവാരം യാദവന്മാർക്കുണ്ടായിരുന്നില്ല കാരണം പണ്ട് യയാതി എന്ന് പറയുന്ന ഒരു രാജാവ് തന്റെ ഭാര്യയുടെ പിതാവായ ശുക്രാചാര്യൽ നിന്ന് ശാപം വാങ്ങിച്ചു എന്താ ശാപം കാമാർത്തനായ യയാതിക്ക് ശുക്രാചാര്യ ശാപം കൊടുത്തത് എന്റെ യൌവനം നശിക്കട്ടെ എന്ന് വരവ് കൊടുത്തു ശാപം കൊടുത്തു എന്നാൽ വീണ്ടും കാമഗോഹിതനായ ഏയാതി തനിക്ക് യൗവനം തരണമെന്ന് അപേക്ഷിച്ചപ്പോ ഉടനെ പറഞ്ഞു പുത്രരോടി യാചിക്കാൻ നാണമില്ലാതെ രാജാവ് പുത്രന്മാരോട് എന്ത് യാചിച്ചു യൗവനം യാചിച്ചു ആദ്യത്തെ പുത്രന്റെ പേര് യദൂന്നായിരുന്നു യദു അച്ഛൻ യൗവനം കൊടുത്തില്ല അച്ഛനോട് പറഞ്ഞു ഇന്നത്തെ കാലത്ത് കൊടുത്താൽ തിരിച്ചു കിട്ടില്ലയാണ് വരാൻ ഓടില്ല ശപിച്ചു കളഞ്ഞു എന്റെ വംശത്തിന് രാജാധികാരം ഉണ്ടാവാതെ ഈ അതിനുശേഷം യാദവന്മാർക്ക് ഭൂമിയിൽ രാജാധികാരം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ആനർത്തകന്മാര് രാജ്യം വരിച്ചത് ഇന്നിതാ ആ ആനർത്തക വംശത്തിലെ ഉഗ്രസേനന്റെ സഹോദരനായ ദേവകന്റെ ഏഴു പുത്രിമാർ ആര് ആറുപേരെയും വസുദേവർക്ക് കൊടുത്തു ശൂര്സേനന്റെ പുത്രന് ഏഴാമത്തെ പെൺകുട്ടിയുടെ പേരായിരുന്നു ദേവകി ഇവിടെ ആർക്കാ കൊടുക്കേണ്ടത് അപ്പൊ എല്ലാവരും പറഞ്ഞു ആറെണ്ണം കൊടുത്തത് വസുദേവർക്കല്ലേ അങ്ങ് ഒരുക്കൊരു എക്സ്പീരിയൻസുമായില്ലേ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഏഴാമത്തതിനും സെയിം ടു വസുദേവര് അന്നൊക്കെ അങ്ങനെയാണെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ കെട്ടുന്ന കാലമാണ് അതുകൊണ്ട് ഒരാൾക്ക് തന്നെ അഞ്ചാറെണ്ണത്തിനെയും ഒക്കെ കെട്ടിക്കൊടുക്കും അങ്ങനെ ഏഴാമത്തെ പെൺകുട്ടിയെയും അവർക്ക് കൊടുത്തു വസുദേവർക്ക് ഗംഭീരമായി കല്യാണം ഒക്കെ അടിപൊളി കല്യാണം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളും ഓരോന്നോരോന്ന് കൊടുത്തു ഹംസനും ഒരു മോഹം എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് എന്താ കൊടുക്കേണ്ടത് തന്നെ ഇങ്ങോട്ട് കൊടുത്തു എന്നിട്ടോ ആ രഥത്തെ താൻ തന്നെ ഓടിച്ചുകൊള്ളാമെന്ന് അവരോട് സമ്മതിച്ചു ഡ്രൈവറൊന്നും വേണ്ട സഹോദരിയുടെ കല്യാണമല്ലേ അതും അവസാനത്തെ കല്യാണമാണേ പെൺകുട്ടികളുടെ അതൊന്ന് ഗംഭീരാവട്ടെ എന്ന് പറഞ്ഞ് കംസൻ തന്നെ രഥം ഓടിക്കാൻ നിശ്ചയിച്ചു അപ്പൊ എന്തുണ്ടായിരേ അങ്ങനെ വിവാഹം കഴിഞ്ഞതിനു ശേഷം താൻ തന്നെ ഈ രഥത്തെ ഏതേ ശ്രതോ സുതയാ സമ്മാനയൻ താൻ തന്നെ രഥത്തെ താൻ തന്നെ ഓടിച്ചുകൊള്ളാമെന്ന് കംസൻ പറഞ്ഞ് ഭാര്യയും അല്ല തന്റെ സഹോദരിയും വസുതി വരും രഥത്തിലേക്ക് കയറി നല്ല പുഷ്പാലംകൃതമായ രഥം കംസനത കടിഞ്ഞാണ പിടിച്ചം വന്നിലിരിക്കണോ ആ രഥം മുന്നോട്ടങ്ങോട്ട് നീങ്ങി കുറച്ചു ദൂരെ കൊണ്ട് പോയിട്ടുള്ളൂ അപ്പോഴേക്കും അത ഗംഭീരമായൊരു വാണി തദ്ഗിരാവ്യോമോത്തയ ആകാശവാണി ഒരു വാണി എവിടുന്നാ വരുന്നത് കംസനും അറിയുന്നില്ല മേഘം പൊട്ടുമാറ് ആകാശം മുഴങ്ങുമാറ് ഒരു ഗംഭീരമായ ശബ്ദം എന്താ പറയുന്നത് അസ്ഥാസ്താം അതിദുഷ്ടമഷ്ടമസുതോ ഹേ ദുഷ്ട ഇവളുടെ എട്ടാമത്തെ ഗർഭം ഹന്ത ഹന്തി നിന്റെ വധിക്കും വധിക്കും എന്ന് ഉഗ്രമായൊരു ശാസനം കംസൻ കേട്ടു കേട്ടതും വേടികൊണ്ട് ഭയം കൊണ്ട് ചിന്തയൊക്കെ നശിച്ചു പെട്ടെന്ന് തോന്നിയത് ഇവൾ പ്രസവിച്ചാലല്ലേ കൊല്ലുള്ളൂ അതുകൊണ്ട് പ്രസവിക്കുന്നതിന് മുമ്പ് ഇവളെ തന്നെ ഇവിടെ കൊല്ലാമെന്ന് കരുതി കുടിയെടുത്ത് പിടിച്ച താഴേക്ക് വലിച്ചിട്ട് ഹന്തു ഹന്തി കഥാം തന്റെ സഹോദരിയായിരിക്കുന്ന ദേവകീ കൊല്ലാനായി വാളോഗീന്നാണ് അപ്പോഴോ ഗൃഹണാനത്രിഗുരീഷുതം ഗലമതീ ശൗരേശരം സാന്ത്വനേ നോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിരാദയാദൂഗൃഹൻ ആദ്യം തത്സഹജം തദാർപ്പിതമബി സ്നേഹേനാഹന്നസോ ദുഷ്ടാമവിഷ്ടകരുണ ീരേഖ അങ്ങനെ സഹോദരിയുടെ ഗുടിയും പിടിച്ച് വാളോഗി നിൽക്കുന്ന കംസന്റെ കാൽക്കൽ വസുദേവർ വീട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവൾ നിന്നെ കൊല്ലുമെന്ന് അശരീതിയില്ലല്ലോ കുട്ടികളല്ലേ കൊല്ല പാപമല്ലേ സഹോദരിയെ കൊല്ലുന്നത് നിന്നെ സ്നേഹിക്കെ മാത്രമല്ലേ അവൾ ചെയ്തിരുന്നു അങ്ങനെയുള്ളവളെ കൊല്ലാൻ പാടുള്ളൂ സ്ത്രീവിധം ക്ഷത്രിയന്മാർക്ക് സ്ത്രീവധം ക്ഷത്രിയന്മാർക്ക് പറഞ്ഞില്ലല്ലോ ബ്രഹ്മഹത്യാ പാപമല്ലേ എന്നെല്ലാം പറഞ്ഞിട്ടും അവന്റെ മനസ്സിൽ യാതൊരു മാറ്റുമെന്ന് നോമുഞ്ചൻ വിട്ടില്ല പിടി അപ്പം മനസ്സിലായി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വിനയാണ്ണിതനായി പറഞ്ഞു ഇവളെ കൊല്ലണ്ട ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നിനക്ക് ഞാൻ കാഴ്ചവെച്ചോളാം ഒരു ആത്മരാർപ്പണം ഇവളിലൂടെ ഉണ്ടാകുന്ന കുട്ടികളെ ഞാൻ അങ്ങയുടെ കാൽക്കൽ വെച്ചുകൊള്ളാം ഇപ്രകാരം പറഞ്ഞ് അവൾ അത് പറഞ്ഞതും അവളെ പിടിവിട്ടു അത് പ്രീതോഹം പ്രീതനെ കുട്ടികളെ കൊണ്ടുവന്നോളും എന്ന് പറഞ്ഞ് രഥവും കയറ്റ ആള് സ്ഥലം വിട്ടു കൊടുത്തില്ല വസുദേവർക്ക് വിഷമമുണ്ടായില്ല ആറെണ്ണത്തിനെ കൊണ്ടുപോയ ആളല്ലേ ദേവകീ ദേവിയും കൊണ്ട് വീട്ടിലേക്ക് പോയി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞതും ഒരു പുത്രനെ കിട്ടി ആ പുത്രനെ ദേവകീ ദേവിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ദേവകീ ദേവിക്ക് വലിയ വേദനയെ എന്തിനാ പ്രസവിച്ചത് കൊല്ലാൻ വേണ്ടി കൊടുക്കാൻ അങ്ങനെ കൊല്ലാൻ വേണ്ടി പുത്രന് ജന്മം നൽകിയവളാണ് താനെന്നൊരു ബോധം ആ ദേവകിയെ വേദനിപ്പിച്ചു വസ്തുദേവരെ സമാധാനിപ്പിച്ചു എന്നെയെല്ലാം പിന്നിൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹം കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കൂ ദേവി വസുദേവനെ കൊണ്ടുപോയി കുട്ടിയെ കംസന്റെ പാദങ്ങളിൽ വെച്ചു കംസനതാ വന്നു നോക്കുന്നു ഓ ഒരുക്കഞ്ഞുപോലെ സാധനം ഏ വസുദേവ ഇതെന്നെ കൊല്ലില്ലല്ലോ എന്നെ കൊല്ലുന്ന കുട്ടി എട്ടാമത്തതാണ് എനിക്ക് ആ കുട്ടിയെ തന്നാൽ കൊണ്ടുപോയി വളർത്തിക്കോളൂ ചില ദുഷ്ടൻ ദുഷ്ടാനാമതി ദുഷ്ടന്മാരുടെ മനസ്സും കരുണ വരാറുണ്ടല്ലോ ഗുരുവായൂരപ്പ ഇതെല്ലാം അവിടുത്തെ ഒരു ലീലകൾ തന്നെയായിരിക്കാം എന്ന് ഇവിടെ പെട്ടതിരിപ്പാട് പറയാണ് എന്നിട്ടു താവൽ ത്വൻ മനസൈവനാരദ മുനി റോജേശമോജേശ്വരം യൂയം നന്നസുരാസുരാസ്തയതവോ ജാസി പ്രഭോ മാീസഹരിവൽവത കൃതേ ആവീസുര പ്രാർത്ഥന ഇത്യാകർണ്ണയതൂനധൂനസോ ശൗരേശ സൂനോണഹൻ കാര്യങ്ങളെല്ലാം വളരെ ശാന്തമായി പൂവായിരുന്നു വസുദേവരുടെ കൊട്ടാര വീട്ടിൽ ആറ് കുട്ടികൾക്ക് ജന്മം കൊടുത്തു ദേവകി അങ്ങനെ ഇരിക്കെ ഹംസനും അശരീരിയൊക്കെ മറന്നുപോയിരുന്നു ഒരു ദിവസം അതാ വരുന്നു കംസന്റെ കൊട്ടാരത്തിലേക്ക് നാരായണ നാരായണ അങ്ങൊരാളൊക്കെ കൂട്ടിച്ചേർത്തുന്ന ആള് അങ്ങനെ നാരദപുരി അവിടേക്ക് കടന്നു വന്നു കംസനോട് ചോദിച്ചു എന്തൊക്കെയാണ് ഹംസാവിശേഷം കംസം ചോദിച്ച മഹർഷെ അവിടുന്ന് പറയൂ എന്റെ വിശേഷം ഓ ത്രിലോകം മുഴുവൻ നിന്നെ കുറിച്ച് പറയില്ലേ ഞെട്ടു നിന്റെ പേര് കേൾക്കുമ്പോന്ന് അതിനിടയ്ക്ക് നീയൊന്ന് ഞെട്ടീന്ന് കേട്ടുമല്ലോ ഏ അങ്ങനെയൊന്നുമില്ല എട്ടാമത്തെ കുട്ടി കൊല്ലുന്നൊരു അശരീതി അതൊന്നും എനിക്ക് പ്രശ്നമില്ല ആറെണ്ണം വന്നു ഇനി രണ്ട് ആ രണ്ടാമത്തെ ആ എട്ടാമത്തെ ഞാൻ കൊല്ലില്ലേ ലിക്കുഞ്ഞു പോലുള്ള സാധനം എന്നെ ചെയ്യും നാരകക്ഷി തലയിൽ കൈവച്ചു കഷ്ടം കംസ നീ ഒരു പൊട്ടനാണ് അതുവരെ കംസൻ ഉണ്ടല്ലോ ഈ എട്ട് എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഒരു പേടി വരും എട്ടാമത്തെ ഗർഭം എന്നെ കൊല്ലുന്നു കേട്ട അന്ന് മുതൽ കംസൻ ആരെക്കൊണ്ട് എട്ട് എന്ന് പറയിപ്പിക്കില്ല നീ പക്ഷേ തന്നെ ആരെങ്കിലും ഇറ്റ്ലി കഴിച്ചു എത്രണം ഏഴോ ഒന്നു പറയുന്നു എട്ട് എന്ന് പറഞ്ഞു പേടിയാണ് എട്ടാമത്തെ ഗർഭം കൊല്ലുന്നല്ലേ പേടി അന്ന് പറഞ്ഞ നഷ്ടത്തിലേ ചിലർക്ക് എങ്ങനെയാണ് ഓരോ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ എന്ന് പറയും ഏതായാലും കംസൻ ഇത് പറഞ്ഞപ്പോൾ നാരദമാർഷി പറഞ്ഞു ഈ എട്ട് എട്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴേ കംസന് എത്തി എട്ട് എന്ന് പറഞ്ഞാൽ നീ എന്താ മനസ്സിലാക്കിയത് നീ മനസ്സിലാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് എന്നാണ് ഇതൊന്നുമല്ല ദേവന്മാരുടെ എട്ട് എട്ടാമത്തെ മാസം ജനിച്ചതെട്ടാവില്ലേ എട്ടാമത്തെ നക്ഷത്രത്തിൽ ജനിച്ചതെട്ടാവില്ലേ കുറെ എട്ടിന്റെ കണക്ക് പറഞ്ഞുകൊടുത്ത് എനിക്കറിയില്ല ഇതിലേതാ എട്ട് ഒന്ന് ഞാൻ പറയാം യാദവന്മാരൊക്കെ ദേവന്മാരാണ് നിങ്ങളൊക്കെ അസുരന്മാരാണ് ഭഗവാൻ അവതരിക്കും എന്നെ കൊല്ലും കംസനാകെ കൺഫ്യൂഷനായി ഇതിലേതോ ഒന്ന് എട്ടാണ് ഓടി നേരെ നാരദമാഷി പോയതും ദേവകീ ദേവിയുടെ വീട്ടിലേക്ക് അഞ്ചെണ്ണം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആറാമത്തത് കിടന്നുറങ്ങുന്ന പ്രായം അഞ്ചിനെയും വിളിച്ച് അമ്മാവനാണ് വിളിക്കുന്നതെന്നും പറഞ്ഞ് വാളെടുത്തങ്ങോട്ട് വെട്ടിക്കളഞ്ഞു ആറാമത്തതിനെ നിലത്തടിച്ചു കൂടുന്നു അപ്പോഴേക്കും യാദവന്മാർ കൂടി അവരെയൊക്കെ യുദ്ധം ചെയ്ത് അവരെയൊക്കെ ഓടിപ്പിച്ചു കളഞ്ഞു അതിനിടയ്ക്ക് വസുദേവര് തന്റെ ആദ്യ പത്നിയായ രോഹിണി ദേവിയെ നന്ദഗോപരുടെ ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു ദേവകീ ദേവിയെയും വസുദേവരെയും കയ്യിൽ ചങ്ങലയ്ക്കിട്ടുകൊണ്ട് കാരാഗ്രഹത്തിൽ കൊണ്ടടയ്ക്കാൻ ഹംസൻ വ്യവസ്ഥ ചെയ്തു അതുവരെ ശാന്തമായിരുന്ന മധുര ദുഃഖത്താലും വേദനയാലും പീഡിപ്പീഡനങ്ങളാലും ആകെ താളം തെറ്റി വറിയാണ് അങ്ങനെ ഇവിടെ ദേവകീ ദേവിയും വസുദേവരും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അവിടെ വച്ചു ഇനി ഭഗവാൻ അവതരിക്കാൻ നിശ്ചയിക്കുകയാണ് ആദ്യം ഭഗവാൻ ആരെയാണ് പറഞ്ഞേക്കുന്നത് ാപ് സപ്തമഗർഭാമിഹതോ വൽപ്രേരണാത്മായയാ നീധേ മാധവരോഹിണി ത്മവിഭോ സച്ചൽസുഖൈത്മകടരം വിവേശിതവിഭോ സംസ്തൂയമാനസ്വരേ സത്വം കൃഷ്ണവിധൂയ രോഗമടലിം പത്തിൻ പരാം ദേയിമേ തന്റെ ആറു കുട്ടികൾ മരിച്ച ദുഃഖത്തിൽ ദേവകീ ദേവി തളർന്ന സമയത്ത് അതാ ഭഗവാന്റെ പ്രേരണയനുസരിച്ച് ബസ് ദേവർ പറയും ദേവി നാമം ജപിക്കൂ നാമം ജപിക്കൂ ഭഗവാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കണമെങ്കിൽ അനേകം പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കും അനവധി അനവധി തവണ ഭഗവാൻ ടെസ്റ്റ് ചെയ്യും ഭക്തനാണോ നോക്കും എന്നെ മുറുകെ പിടിച്ചിട്ടുണ്ടോ നോക്കും എന്നെ വിടുന്നുണ്ടോ നോക്കും ഇതാ ദേവി ആറു മക്കൾ പോയത് നഷ്ടമല്ല അത് വലിയൊരു നേട്ടത്തിലേക്കുള്ള വലിയൊരു ഉയർച്ചയിലേക്കുള്ള കാൽവെപ്പാണ് ദേവി നാമം വിടരുത് ദുഃഖങ്ങളെ വിടുദേവി അങ്ങനെയൊക്കെ ദേവിയെ സാന്ത്വനിപ്പിച്ച് ആ ദേവിയുടെ ഏഴാമത്തെ ഗർഭത്തിലേക്ക് ഭഗവാൻ തന്റെ സഹോദരനാവാൻ വേണ്ടി ആദിശേഷനെ പോയി കണ്ട് അങ്ങോട്ട് പറഞ്ഞയക്കും അങ്ങനെ ബലരാമനായി ആദിശേഷൻ ദേവഗീദേവിയുടെ ഗർഭത്തിൽ പ്രവേശിക്കും ഒരു ദിവസം കംസൻ ഗർഭത്തെ കാണാൻ വേണ്ടി വരുമ്പോൾ ആ ഗർഭത്തിലേക്ക് നോക്കിയതും തേജസ് കണ്ട് വയവിഹ്വലനായി അന്ന് നോക്കിയ നോട്ടം ദേവഗീദേവിയുടെ മനസ്സിൽ പേടിയുണ്ടാക്കി ഗർഭം നഷ്ടപ്പെടുമെന്ന് അന്ന് രാത്രി ഒരു ദുസ്വപ്നവും കണ്ടു നഷ്ടപ്പെടുന്നതായിട്ട് അങ്ങനെ ഗർഭം നഷ്ടപ്പെട്ടു എങ്ങോട്ടാണ് ഗർഭം പോയത് ഭഗവാൻ തന്റെ അവതാരത്തിനുവേണ്ടി മായാദേവിയെ വിളിച്ചുകൊണ്ട് ദേവിയോട് നന്ദഗോ ഗൃഹ ആദ്യം തന്നെ കാരാഗൃഹത്തിൽ ചെന്ന് ഗർഭത്തെ നന്ദഗോപരുടെ ഗൃഹത്തിലിരിക്കുന്ന രോഹിണീ ദേവിയിലേക്ക് മാറ്റി അതിൽ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞ് യശോദാദേവി നന്ദഗോപുരന്റെ പത്നിയായ യശോദാദേവിയുടെ ഗർഭത്തിൽ ഒരു പെൺകുഞ്ഞായി അവതരിക്കാൻ പറയുകയാണ് ഇപ്രകാരം ബലരാമസ്വാമി രോഹിണി ദേവിയിലായി ആയപ്പെട്ടു അതുപോലെ യശോദാദേവിയുടെ ഗർഭത്തിൽ മായാദേവിയും വന്നു അന്ന് ഭഗവാൻ മായാദേവിയായ ദേവിക്ക് ചില പേരുകൾ കൽപ്പിച്ചു കൊടുത്തതാണ് അങ്ങനെയാണ് നാരായണിയെന്നും ശാനിയെന്നും ലക്ഷ്മിയെന്നും അതുപോലെ തന്നെ ദുർഗയെന്നും ഭദ്രയെന്നും എല്ലാം പേര് ആർക്ക് കിട്ടിയത് ദേവിക്ക് കിട്ടിയത് ഭഗവാന്റെ അവതാരത്തിന് മുമ്പ് ആദ്യം അവതരിക്കുന്നത് ദേവിയാണ് ഭാരതത്തില് ദേവീ സങ്കല്പവും ഭഗവാന്റെ സങ്കല്പവും അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ ലളിതാ സഹസ്രനാമമൊക്കെ അതിനുശേഷമാണത്ര ഈ ഭാരതത്തിൽ വന്നിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തിന് ശേഷമാണ് ലളിതാ സഹസ്രനാമം ഭഗവാന്റെ അവതാരത്തിന് മുമ്പ് ഇവിടെ ദേവിയെ ഭഗവാൻ പറഞ്ഞയച്ചു ആദ്യം ദേവിക്ക് മുമ്പും ആരുണ്ട് ഭഗവാനുണ്ട് അത് മറക്കരുത് ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിനും അതിപൻ മായയ്ക്ക് പോലും അധിപൻ ആരാണ് ഭഗവാൻ ഗീതയിൽ പ്രിയം ദൈവീ ശേഷുണമയേ മമമായാരത്തിയാ മാമേവയേ പ്രപദ്യ മായാമേതം തരന്തിതേ എന്റെ മായയാകുന്ന ദേവിയെ തരണം ചെയ്യാൻ വളരെ പ്രയാസമാണ് ആരാണോ മാം ഏവ പ്രപദ്യ എന്നെ തന്നെ മുറുക പിടിക്കുന്നത് മായാ ഏതാം തരന്തി അവർക്ക് മായയെ കടക്കാൻ സാധിക്കും ഇപ്രകാരം മായയെ പറഞ്ഞേച്ച് ബലരാമസ്വാമിയെ മാറ്റി ഭഗവാൻ എട്ടാമത്തെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ പ്രവേശിച്ച ഗുരുവായൂരപ്പ എന്നെ എല്ലാ രോഗത്തിൽ നിന്നും മുക്തമാക്കേണമേ പട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ പൊന്നിലാണ് ഇരിക്കുന്നത് ഇനി ഗുരുവായൂരപ്പന്റെ അവതാരമാണ് വിളിച്ചു പറയാൻ പോകുന്നത് തന്റെ മുന്നിലിരിക്കുന്ന ഗുരുവായൂരപ്പൻ ഇതാ ഭൂമിയിൽ അവതരിച്ച് കൃഷ്ണനായി അവതരിച്ച് ലീലകളാടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു അപ്പൊ ഗർഭത്തിൽ ഭഗവാൻ പ്രവേശിച്ചപ്പോ ദേവഗീ ദേവിയിൽ തേജസ് വർദ്ധിച്ചു എന്നാണ് ഒരു ദിവസം കംസൻ കാരാഗ്രഹത്തിൽ ആ ദേവഗീ ദേവിയിലിരിക്കുന്ന ഗർഭത്തെ കണ്ട് ആ നിമിഷം മുതൽ കംസന് തോന്നിയത്രേ തന്റെ പിന്നാലെ ഒരു കുട്ടി തന്നെ പിന്തുടരുന്നുവെന്ന് അത് മറ്റാരമല്ല ഹരിതന്നെ ഹരിതന്നെ ഹരിയെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും അയാളുടെ മനസ്സിലൊരു തോന്നൽ ആരോ എന്നെ പിന്തുടരുന്നുണ്ട് എന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ ഭാഗവതത്തിൽ പറയും ആസീന സംവിശൻ തിഷ്ടൻജാന പര്യടൻമഹിം ചിന്തയാണോ കൃഷീകേശം അപശ്വൽത്തന്മയം മറ്റൊന്നും മനസ്സിൽ വരുന്നില്ല ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മയില്ല മക്കളെക്കുറിച്ചുള്ള ഓർമ്മയില്ല രാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ല വരുന്നതെല്ലാം ചിന്തയാണോ കൃഷീകേശം ആരെ ചിന്തിക്കുന്നത് ഭഗവാനെ തന്നെ ചിന്തിച്ചു ഇരിക്കുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം അങ്ങനെ ഇരിക്ക ഒരിക്കൽ ദേവന്മാര് ആ കാരാഗ്രഹത്തിലിരിക്കുന്ന ദേവഗീദേവിയുടെ ഗർഭത്തെ സ്തുതിക്കാനായി വന്നു എന്നും അവരുടെ ഒരു സ്തുതിയുണ്ട് ഭാഗവതത്തിൽ സത്യം പരം ആ ഒരു ഭാഗവതത്തിലെ സ്തുതിയാണ് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യയോനിം നിഹിതം ച സത്യ സത്യസ്യ സത്യം വ്രത സത്യാത്മകം ത്വാം ശരണം പ്രപന്ന സത്യസ്വരൂപനാണ് ഭഗവാൻ ആ പ്രയോഗം നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഭഗവാൻ സത്യമാണ് നമ്മുടെ ആചാര്യന്മാര് ഭഗവാനെ ആദ്യം കൊടുത്ത പേര് സത്ത് എന്നാണ് സത്തിൽ നിന്നാണ് സത്യം വരുന്നത് ഒരു സത്തുണ്ടെങ്കിലേ ഒരു വസ്തു ഉള്ളൂ ഏത് വസ്തുവിനെ നിലനിൽക്കണമെങ്കിൽ അതിലൊരു സത്ത് വേണം നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ വസ്തുക്കൾ എടുത്താൽ തന്നെ നമ്മൾ ലൈറ്റ് കാണുന്നു ലൈറ്റ് ഉണ്ടാവണമെങ്കിൽ അതിലൊരു കറണ്ട് എന്നൊരു സത്ത് വേണം അല്ലേ ഇതുപോലെ നമ്മളിലും ഒരു സത്തുള്ളതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് സത്തുപോയാൽ ചത്തുപോയി അതുകൊണ്ട് തമിഴിൽ ചത്തുപോയി എന്നല്ല പറയുക സത്തുപോയി എന്നാണ് സത്തുപോയി വെച്ചാൽ ഉള്ളിൽ സത്തുപോയി നത്ത അപ്പൊ നമ്മളിൽ ഇന്നൊരു സത്ത് നിറഞ്ഞിരിക്കുന്നത് ആ സത്ത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഭഗവാനാകുന്ന സത്യം ആ സത്യത്തിലേക്ക് ഉയരണമെങ്കിലോ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ന് കാണുന്നതെല്ലാം അതെല്ലാം കാലപരിമിതിയിൽ പെട്ടതാണ് ഭഗവാനെന്ന് പറയുന്നത് കാലാതീതനാണ് ഭഗവാനെ കാലത്തിലതീതമായിട്ട് പറയുന്നു ബാക്കിയെല്ലാം കാലത്തിനുള്ളിൽ ഇത് രണ്ടും നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കണം കാലം എന്ന് പറയുന്നത് റിലേഷനിൽ നിന്ന് വരുന്നതാണ് ബന്ധങ്ങളിൽ നിന്ന് വരുന്നതാണ് ഭൂമിയിൽ കാലമെന്നൊരു സങ്കല്പം സൂര്യനുള്ളതുകൊണ്ടാണ് സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ എന്തില്ല കാലമില്ല എന്നാൽ സൂര്യനും ഭൂമിയും നിൽക്കുന്ന ആകാശത്തിന് കാലമെന്നൊരു പ്രശ്നമില്ല ആകാശം കാലത്തിനും അതീതമാണ് മനസ്സിലാവേണ്ടോന്നറിയില്ല നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നമുക്ക് രാവും പകലും ഉണ്ടാവാൻ കാരണം ഭൂമി തിരിയുന്നതിനനുസരിച്ച് ഭൂമിയുടെ ഒരു ഭാഗം സൂര്യനോട് അഭിമുഖീകരിക്കുമ്പോൾ ഫേസ് ആയിട്ട് വരുമ്പോൾ അവിടെ പ്രകാശമുണ്ടാവും മറുഭാഗം തിരുട്ടിവരും അപ്പൊ സൂര്യനെ ആസ്പദമാക്കിയിട്ടാണ് പകലും രാത്രിയും വരുന്നത് അല്ലേ അതിനനുസരിച്ചതാണ് ഇവിടെ സമയം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ രാത്രിയും പകലും അനുഭവിക്കണം പിന്നെ മുന്നൂറ്റി ദിവസം അങ്ങനെയൊക്കെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ സൂര്യനെയും ഭൂമിയെയും നമ്മൾ കടന്ന് ആകാശത്തിലെത്തിക്കഴിഞ്ഞാൽ ആകാശത്തിൽ അകലുമില്ല രാത്രിയുമില്ല അതുകൊണ്ട് തന്നെ അവിടെ എന്തുമില്ല കാലവുമില്ല ഭൂമിയിൽ കാലമുണ്ട് ഭൂമിക്കതീതമായി പോയാൽ കാലമില്ല അപ്പൊ ഇവിടെ ഈ ശരീരത്തിന് കാലമുണ്ട് കാരണം ഈ ശരീരം പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കണം പ്രകൃതിയിലുള്ള ആഹാരം വായു അഗ്നി ജലം ഇതൊക്കെ കൊണ്ടാണ് ആരെ നിലനിൽക്കുന്നത് ശരീരം നിലനിൽക്കുന്നത് വേർ ദെർ ഇസ് റിലേഷൻ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടോ ആ ഡിപ്പെൻഡന്റായിട്ടുള്ള വസ്തുക്കളെല്ലാം കാലത്തിന് വിധേയമാണ് അതുകൊണ്ടുതന്നെ ശരീരം കാലത്തിന് വിധേയമാണ് കാലത്തിന് വിധേയമായതിനെല്ലാം ജനനവുമുണ്ട് മരണവുമുണ്ട് എന്നാൽ നമ്മുടെ ഉള്ളിൽ കാലത്തിൽ നിന്നതീതമായൊരു ശക്തിയുണ്ട് ഒരു തേജസ്സുണ്ട് കാരണം ഈ പ്രകൃതിയിൽ കാലത്തിന് വിധേയമായ കാലത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന വസ്തുക്കൾക്ക് നിൽക്കണമെങ്കിൽ കാലത്തിനതീതമായൊരു ശക്തിയിലേ അവർക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ ഒരു സ്പേസിലെ ഗ്രഹങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഇതുപോലെ ഉള്ളിലൊരു ചൈതന്യമുണ്ടെങ്കിലേ ഈ ശരീരത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ കാലാതീതന്മാരാണ് ശാരീരികമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാലത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നവരാണ് അപ്പൊ നമുക്ക് മരണഭയം വരാൻ കാരണം എപ്പോഴൊക്കെ നിങ്ങൾ ശരീരബോധമുള്ളവരാണോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് മരണഭയമുണ്ട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ശരീരബോധമില്ലേ അപ്പൊ നിങ്ങൾക്ക് മരണഭയമില്ല അതുകൊണ്ടാണ് ഉറക്കത്തിൽ നമുക്ക് ശരീരബോധമില്ല ഉറക്കത്തിൽ അതുകൊണ്ട് മരണഭയം നിങ്ങൾ കാലത്തിനതീതമായിപ്പോയി ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുക അപ്പൊ കൃഷ്ണൻ നമ്മുടെ അന്തരാത്മാവ് തന്നെയാണെങ്കിൽ ആ ആത്മാവായിരിക്കുന്ന കൃഷ്ണനിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ കാലത്തിൽ നിന്നും മനസ്സിനെ മുക്തമാക്കാം അതുകൊണ്ട് ഭഗവാന്റെ ഒരു പേരാണ് കാലാതീതൻ എന്ന് പറയുന്നത് ചാറുകളേ വരം മാല ചാത്തിയും നല്ല മഞ്ഞാട ചുറ്റിയും നന്മലച്ചൂടിയും ഗോപികമാരുടെ മല്ലിക ബാണനായ ഗോപികമാരുടെ വിശദ വിവരങ്ങൾക്ക് ചുത പ്രസിഡന്റ് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്ര സമിതി ശ്രേയസ് കപ്പലണ്ടിമുക്ക് മട്ടാഞ്ചേരി കൊച്ചി ഫോൺ 9846050058